ജവാബിന്റെ ഇതല്ലേ നിലവിന്റെ കാലം എടുത്തിട്ടുണ്ടാ നമ്മള് ഏർന്നുണ്ടെങ്കിൽ ോ അതിന് ചേരും അതെ നമ്മുടെ അത് നിങ്ങൾ നോക്കുന്നുണ്ടല്ല നിനമല്ല അയസ് പറയും പറയുന്നു കാരണം കാര്യം അല്ല എന്നാണ് ുംറിയപ്പെട്ടു അപ്പൊ ഇവിടെ പരിഗണിക്കുന്നുള്ളു അപ്പൊ എനിക്ക് ഭാര്യ രൂപത്തില് കാലത്ത് പറയുന്നത് അത് തിരിയാൻ വേണ്ടി അതോ പറയാൻ കൊടുക്കില്ല അപ്പൊ കാലിക്കത്തു ആ ദാത്താണ് കാലിക്കത്ത് ഇതിൽ ആലം ആലമിന്റെ കാലിക്കത്തായ ധാത്തി അപ്പൊ ഈ ദാത്ത് എന്ന് പറയുമ്പോൾ താഴെന്താ തഴീത്താന്ന് തോന്നിപ്പോൾ താഴല്ലാണ് എന്താ വരത്ത് ഒരു ജമ്മാക്കിപ്പോ ജമ്മു വന്നത്തിൽ ദാത്ത ഉറയൂറുള്ള വായനാസി ആ ധാത്തിന്റെ വന്നാട്ട ഏതാന്ന് വന്നത്താണ് ഇവിടെ തല്ല വന്നത്തിന്റെ സാധനം ഒറ്റ സാധനം ഒരു ധാത്തി അമ്മ ാസോ അമ്പാരി ഒരു പണ്ടേ വലിയ ആ പണ്ടിന്റെ ദാസോ അമ്പാവി എന്താ ആ മോഹനത്തൈ ആ മോഹനത്തിന്റെ താകലേക്കാണ് രാത് പിന്നെ ഏതാന്ന് മുത്തമ്മ എന്ന് പറയാം ഉസ്മിക്കപ്പെടുന്ന ഒരു റാക്ക് പിന്നെ അൽ വാജിബുൽ വജൂദ്ന്ന് പറഞ്ഞില്ലേ വാജിബുൽ വജൂദിന് അർത്ഥം തന്നെ മുസ്തീനും അല്ല فإن كان أيضاة التي لا يمكن أدمها في الماضي ولا في النالي ولا في استقبال برطمانم بودم باضي في مون زمان للم أدكار على السالم أدم ممكن الله تجعل ذلك بالوجود مجيزي يهد أنك لأسالة الأدم والله إنها لا تجعل ذلك ممكنا الوجود أدم بلا مجيزي وجود ممكنا نجيزي أو وجود ممكنا نجيزي استخدمي അല്ലി എന്നൊക്കെ പറഞ്ഞില്ലേ അതെന്തിനാ പറയുന്നത് മുസമ്മ താൻ ദാത്തോ ആ പ്രത്യേകിണ്ട് ആ ദാത്തന്നലെ പറയേണ്ടതു അത് ഭയാന മുസമ്മ അള്ളാഹു എന്ന അലന്നുകൊണ്ട് മുസമ്മയായ ദാത്തിനെ മനസ്സിലാക്കി തരിക എന്ന് എഴുതുക അതിനും അപ്പോയിപ്പടൂല്ല മുസമ്മ മുസമ്മില്ല ഈ വാജിബുൽ വജൂദാകണമെന്നോ ഹാലിഖാകണമെന്നോ അലിങ് മുസമ്മയും മേട്ടപ്പാറല്ല അതുകൊണ്ട് സിഫാത്തിന്റെ നെറ്റിമാറില്ലാണ്ട് അലമുണ്ടാണ്ട് അവൻ നേട്ടപറഞ്ഞിരുന്നു അപ്പൊ മുസമ്മയെ അവൻ നെറ്റിമാർ ചെയ്യൂല ജനറൽ മുസമ്മർ ദാത്ത കൂടിയ ദാത്തല്ല മുസമ്മു മാത്രമാണ് ഏറ്റവും നമ്മുടെ ഹർജിക്കാക്കിയിട്ടുണ്ട് അപ്പം പറഞ്ഞേ ഉള്ളു എന്നില്ല ആ നോക്കണ്ടല്ല നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് ഒരു പ്രത്യേക ദാത്തിന്റെ അലമാന്ന് പറഞ്ഞു ആ നാട്ടെന്താന്ന് അത് അലമല്ല പഠിച്ചത് നിന്ന് പരിചയപ്പെടുത്തുന്നു ഇനി ബ്രഹ്മൻ ബ്രഹീമെന്ന് പറയേണ്ടത് അത് ലഭുനാഥം പറയും ആനിയും പറയും ആ എന്നുള്ളത് മുഷന്നാണ് സിഫത്ത് എന്നുവെച്ചാലോ ഇസ്മുഖാനിന്റെ മാനാക്കാൻ വരിക ഇസ്മു ഫാന്റെ ലഫുലിനു കൊടുത്തിട്ടില്ല അർത്ഥം പറ്റിയ ഇസ്മുഖിന്റെ മായ കിട്ടുന്നു ലഫുദോ ഇസ്മു ഫലിന്റെ വസിനുണ്ട് പാല ഫായിൽ എന്നാണ് ഇസ്മു ഫാണ്ടത് അഫ് അലവദിനാണെങ്കിൽ മുക്കീലെന്ന് അവരുണ്ടത് ഫഹലവദിനാണെങ്കിൽ മുപ്പ കിലിന്ന വരേണ്ടത് അഫ് അലവദനാണെങ്കിൽ മുക്കീലിന്ന് വരണോ അങ്ങനെ ഓരോ വധുലുണ്ടല്ലോ ആ വധു നോക്കുന്നുല്ല റഹ്മാൻ റഹീം കണ്ടതാണ് ഒന്ന് ഫഹലാൻ വധുനാണ് മറ്റേ ഫഹീലാണ് ഇസ്മുബാന്റെ വധുനല്ല മാനക്കിയാലോ സഹമത് ചെയ്യുന്നോനി കരണം ചെയ്യുന്നോനി എന്നൊക്കെ ഇപ്പം പറഞ്ഞിരുന്നു അപ്പൊ മുറ്റമ്പോട് കാതൃശ്യുണ്ട് ഇസ്മുഫൈലിനോട് കാതൃശ്യുണ്ട് അങ്ങനത്തെ രണ്ട് ടിപ്പത്ത് നനീ ടിപ്പത്ത് മുറ്റപ്പാ നോക്കടാ അതോടൊപ്പം ഇത് രണ്ടിനെയും വെളുക്കപ്പെട്ടതിൽ മുബാലകത്തി മൊബാലകത്ത് വേണ്ടിട്ടാണ് നന് അന്ന് നേരെ ഇസ്മുഫൈലായിക്കൂടെ റാഹിമനാക്കിയാലോ അർത്ഥം കിട്ടൂല്ലോ റഹമത്തിന്റെ മുറ്റിക്ക് പക്ഷെ മൊബാലകണ്ടാവൂല കരണ്ടുള്ളതിൽ വർദ്ധനവണ്ട് ഇപ്പൊ വർധനവിന്റെ അർത്ഥം ചോദിച്ചിട്ടാണെങ്കിൽ മുഷീലേ വെച്ചുള്ളൂ അതാണ് ഈ മുബാല കഫി അത് എന്തിനു പിടിച്ചത് റഹിമ റഹിമീൽ കത്തിരി എന്നതിനൊക്കെ ഹാറ്റ് കസറ പിടിച്ചെടുക്കുന്ന അങ്ങനെ വേറെ കേട്ടിണ്ട് റഹിമ എന്നല്ലത് മുസാദ്ണ്ടല്ലോ അവിടെ സിഫത്ത് മുഷബിൽ മുത്താദ് എടുക്കൂലായിരുന്നു ലാസിണെന്നാണ് നൈബിന്റെ കണ്ണൂർ പറഞ്ഞിപ്പോ ശിബത്തെ മുച്ചപ്പാക്കണമെങ്കിൽ എന്തിനെ വെച്ചു ലാദിമെന്നെ വെച്ചുള്ളൂ മുതൽ തീർക്കൂല അപ്പൊ റഹിമെങ്കിൽ മുട്ടാദ്ദിയാണ് ധാന് അപ്പുടുങ്ങിയില്ലേ അഭിബന്ധാജ്ഞനെ ഈ റഹിമ എന്നുള്ള മുട്ടാ മാറ്റുക ലാദിമിന്റെ മഹലിലേക്ക് ഇറക്കുക എന്നുവച്ചാലോട് വേണ്ട റഹിമ എന്നുള്ള റഹിമത്തോയോ ആയിന് മാത്രം റഹമത്ത് വാറാക്ക് ചെയ്തു എന്നല്ല അർത്ഥം വെക്കുന്നത് റഹ്മത്ത് ഉടജോലിനർത്ഥം വെക്കുക അതാ പറയുന്നത് അതിനെ ലാദിമായ പേരന്റെ സ്ഥാനത്ത് ഇറക്കുക അതെങ്ങനെ ഇറക്കലി പാടി പക്കത്ത് മക്ടോലിന നമ്മൾ എത്തിപ്പാട് ചെയ്യുന്നേ ഇല്ല മക്ടോലുമായി താലൂക്കെ നോക്കണ്ട റഹ്മത്ത് ഉടജോലി കായരുടെ മാത്ര ഇബാ ത റഹിമത്തിന് മക്കളിലേക്ക് കുട്ടികളെക്കാത്ത രീതിയിൽ അപ്പൊ ലാസിമന്റെ സ്ഥാനത്ത് ഇറക്കില്ലേ പാമാ ധ്യാമുള്ള ഇറക്കുമ്പോക്കേ മക്കോലോക്കൂലല്ല അതേമാതിരി മക്കളുണ്ടെങ്കിലും അതിന് എട്ടിബാറ ചെയ്യാതെ കണ്ട് ലാസിമന്റെ സ്ഥാനത്തേക്ക് ഇറക്കുക അപ്പൊ റഹിമയിന് എടുത്തതാണെങ്കിൽ അതാ കയ്യിൽ എത്തിബാറ താപ്പിന് ഈ മക്കോലിനെ മക്കൾ താഴെത്താതെ എങ്ങനെ ഹലുമാരെ അങ്ങനെ ആവണന്നാണ് ഹലുമാ കറുമാക്കർ സ്വഭാവങ്ങളാണല്ലോ ഹെൽമൊടയെ അപ്പൊ ആ ഹനുമാ ഫാല എന്ന ബസിൽ കേട്ടുമാന റഹിമാനെ പിടിച്ച് റഹുമാലാക്കി മറിക്കാം അത്രീരി അതെന്തിനാ അങ്ങനെ ലാകെന്ന് വൈനീജരി ഈ പറയപ്പെട്ട ഒന്നിക്കില് ലാതിമിന്റെ മനസിലിറക്കുക ഒരു വേണ്ട വെച്ചിട്ട് അല്ലെങ്കിലോ ഫാഹുല എന്ന ബസിൽ ലാദിമീ കൊണ്ടുവന്ന എന്തിനാണത് ദി അന്ന സിഫത്തൽ സിഫത്തുൽ മുഷം അത് ഇന്ന മാ തുസാഹും ഇന്നൽമി ലാജിമില്ലെന്ന് മാത്രമേ ഭർത്തം നടക്കാറുള്ളൂ അതിന്റെ സീറ പ്രശ്നം അതെ തീർന്നു വർറത്തുകളല്ല എന്താണെന്ന് പറയാം അപ്പൊ അതിനൊരു കച്ചടന്ന് വെച്ചേക്കല്ലേ മുബാലകത്തി മൊബാലകു വേണ്ടി എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു അലി ദലാലത്തി അലൽ മുബാലകത്തി മൊബാലകന്റെ മേൽ അറിയിക്കാൻ വേണ്ടി മുബാലകന്റെ മേൽ അറിയിക്കാൻ വേണ്ടി ഹ്മത്തിന്റെ ദവാമുണ്ട് അതിന് സ്ഥിരതയും ഉണ്ട് റഹമത് ഒരിക്കലും നീങ്ങി പോകൂല അതാണ് ഏത് സബാത്ത് റഹമത്ത് ഒരിക്കലും അതിങ്ങനെ അതിന് അച്ഛം ഉണ്ടാവലില്ല അതാണ് ഏത് ദവാം നാളെ ഈ ഡവാത്തു ആണ് എന്തിനുണ്ടാവല് കൊച്ച ബഹിർ ഉണ്ടാവല് തിന്നില്ലേ അപ്പൊ ഇവിടെ രണ്ട് കാലത്ത് ഉണ്ട് സിഫത്ത് മുച്ചംബിൻ എടുത്താൽ ദവാമു സമാ അപ്പൊ റഹമത്ത് ഒരിക്കലും മുടങ്ങലും ഇല്ല അതൊരിക്കലും നീങ്ങി പോക്കൂല അതാണ് സിഫത്ത് മുച്ചംബാന്റെ വായന അതോടൊപ്പം എന്തുവേണം മൊബാലകമെൻ്റെ അറിയിക്കാനും വേണ്ടി ചെന്ന് അല്ലാണ്ട് വേർക്ക് നേരെ മൊബാലും വേണ്ടി എന്ന് പറഞ്ഞാൽ വേറെ നീണ്ട് അപ്പൊ പന്ത പറ അപ്പോ നമ്മളിങ്ങനെ അർത്ഥം വെച്ചപ്പോയി തള്ളിപ്പോയി മായുക്കാലം പറയുന്നത് എന്താ പറയുന്നത് പിന്നെ ബിനാഹുമാനിൽ മുംബാലകത്തി മുമ്പാതകു വേണ്ടി എടുക്കപ്പെടുമ്പോൾ ചിബത്ത് മുഷഫി ആകല്ലാവല്ലോന്ന് മുമ്പാതാക്കി എടുക്കപ്പെട്ട ചിപ്പ് മുച്ചപ്പി ആയിക്കൂടാ ചിബത്ത് മുഷഫിയാകുമ്പോൾ മുംബാലൊക്കെ എടുക്കാൻ പറ്റൂല തനാഫിണ്ട് ആ തനാഫി ഒഴിവാക്കാൻ എന്താണേ ദമാബവാത്തിനാണ് ഇപ്പാതെ ചെയ്തതോടൊപ്പം തന്നെ എന്താക്കാം മുമ്പാതകുണ്ട് അത് അർത്ഥം പക്ഷേ രണ്ടും കൂടി മിക്സ് മിക്സ് ആക്ക അതെ തീർന്നു നീ റഹിമയിൽ നിന്ന് പിടിച്ചു ബീൽ കച്ചരി റഹിമാൻ ഹാറ്റ് കത്ത് വോയിക്കണം ഇതല്ലേ അപ്പോ പൂപ്പക്കാറും ബത്തക്കാറും തമ്മിലോട് ഖിലാഫുണ്ട് പേരിൽ നിന്നാണോ മത്തറില് നിന്നാണോ റിസ്റ്റാർക്കുണ്ടല്ലോ എടുക്കിയ മുതലായവ മത്തറിൽ നിന്നാണോ എല്ലാ പേരിൽ നിന്നാണോ മൂവപ്പറ മതിന്റെ നഹർ പോകുന്നത് പേരിൽ നിന്ന് പോയി അമ്മീൻ റഹിമ റഹിമയിൽ നിന്ന് പിടിച്ചു നിക്കുന്നു അപ്പൊ ബത്തറക്കാറ മതപറമ്പ്ര മുസന്നിഫിന്റെ പോക്കിൽ നിന്ന് ഓപ്പക്കാറ മത പൂപ്പക്കാറോ മതല്ലേ ഊപ്പക്കാറ പേരിൽ നിന്ന് പിടിക്കുന്നു ബത്തറക്കാറ മത്തു പിടിക്കുന്നത് അപ്പൊ ബത്തരക്കാറ മതപ്രകാരം റഹിമ എന്ന് വെച്ചാ മീൻ മത്തര് റഹിമ എന്നാണ് തീരു കൊടുക്കണം പ്രഹിമ്മ എന്നതിന്റെ മത്തം ഏതാണോ അതിൽ നിന്ന് പിടിച്ചു പോകുന്നുല്ലാതെ മക്തരാകോക്കിന്റെ പേരാണോ മക്തരാണോ എന്നതിലാണ് ശിലാപ്പ് പറയുന്നത് ഈ നെഹവങ്ങളെ ശിലാപ്പാണ് ഭാറോ ഗുപ്രക്കാർന്നു വസ്ത്രക്കാർ പറയുന്നത് മത്തർ നിന്നാണ് മക്തരാണ് എല്ലാത്തിനും മാറ്റി മസ്തു കൊണ്ടുവന്നിരുന്നത് എന്റെ മതാണ് ില്ലല്ലോ ആ അല്ലാ പറയുന്ന കുടിച്ചു കൊടുക്കണം പിന്നെ ഔ മിൻ നസ് റഹിമ അല്ല റഹിമാന നസ് തന്നെയാണ് മദഹബിൽ കോഫി കാസ് കുടിക്കുന്നു അപ്പൊ തന്നെ ഷെയ്ഖ് റമി അള്ളഹ്വാനോ മത്തർ എന്ന് പറയാത്തതിന്റെ പേരിൽ കുക്കത്താണോ അതേപിനേക്കാളും മാഹിത് പോയത് ആ നമുക്ക് അനുവാക്കാം അതെന്താണ് മുത്താദിയാദ്യമാക്കുന്ന രീതിയാണത് മുത്താദിയ ഫീരന് പ്രത്യേകത എന്താണ് മത്തോരുമായിട്ട് താലൂക്ക് അല്ലെ ആ താല് ഒക്കെ കുറിക്കുക ഈ വസ്തു ഇവർ മാത്രം കാത്താണ് വെച്ച് കുട്ടികൾക്കൂല അതിന്റെ രീതിയല്ല പറഞ്ഞു ആ പീരൻ താക്കലി കരുതപ്പെട്ടു പായലിന് മാത്രം അതിലർഥം അതെന്താണ് ഏത് ി തന്തിരി മൻസിൻ ലാതിമിദിയ ഫിലാ റഹിമ അതിനാ മൻസിന്റെ ലാസിമന്റെ മന്തിരി ഇറക്കുന്ന രീതിയിൽ പറഞ്ഞത് അതിന് പുറത്ത് പിന്നിമ്മാതി ലാസിമൻ എന്ന് പറഞ്ഞില്ലേ ലാതിമാക്കി മറിക്കെ ഒന്നുകിൽ ലാസിമിന്റെ താഴ്ത്തിറക്കുക അല്ലെങ്കിൽ അവൻ ലാസിമ തന്നെയാക്കുക അപ്പൊ തൊഴുപേര് തന്തിരി കടന്നു കൈവി ലാത്മ നേരെ കുടിച്ച് മറച്ചു ലാജിമാക്കി മറച്ചു കഴിഞ്ഞു അതിന്റെ രീതിയാണ് അയ്യും കടയിലേക്ക് നെക്കള് ചെയ്യപ്പെടുക ഇറക്കത്ത് നെക്കളിലിട്ട് പഹുല അപ്പൊ എന്താ മനാ തപ്പതിയിലുള്ള മറ്റേ ലാജിമന്റെ മന്ത്രിയിൽ ഇറക്കല എന്തുകൊണ്ടല്ലം ഇല്ല ലാജിമൻ പഹുലയിലാത്താക്കി കഴിഞ്ഞാല് ലാജിമായിട്ട് എന്നെ ഒന്നു ഞാൻ അപ്പം പ്രശ്നങ്ങൾ ഉടനെടുക്കുന്നില്ല ഊപ്പറ പറഞ്ഞില്ലേ അതെന്തിനാ നിങ്ങള് ഈ തകുതിയിലോ തൻസിഡോ ഒന്നാമത്തെ കോല കുറകാല എന്ന് പറയും രണ്ടാമതോ തകുതി തൻസിൽ എന്ന് പറഞ്ഞാൽ എന്താ ലാതിമാൻ മുത്താജിയുടെ ലാജിമാകടിപ്പിക്കുക അല്ല ആദ്യത്തെ തൻസീരി രണ്ടാമതോ തകുതീല അതേ ലാജിമാറിച്ചു തകുതിയിൽ അതിനെ ഉദരാബോധിപ്പിക്കുന്നു വൈനമായ ചൈതന്യം എങ്ങനെയാകുന്നത് അത് ശിബത്ത് വെച്ചാൽ പോയി ആക്കുമ്പോ ലാസിമില്ല എടുത്തുകൂടു നിയമമുണ്ട് ആ നിയമം പഠിക്കാൻ എങ്ങനെ ചെയ്തന്യം എന്നതെന്ന് അതാ പറയുന്നു ഒരു അതായത് അത് ആയിൽ അബി തഹവീൽ തൻസീലോ തഹവീലിലേക്കുള്ള സൂചനയാണ് രണ്ടാളൊന്ന് ചെയ്യേണ്ടി വന്നത് ഇന്ന കാരണത്തിന് വേണ്ടിയാകുന്നു ഇതോട് ബോധിപ്പിക്കുന്നു മാത്രമേത്ത് മുഷ എടുക്കൂന്ന് ആരാ തെളിവ് അതിനൊരു അതോർത്തി പറയാനല്ല അതടുത്ത അത്തിൽ മായന ഹമത്ത് ആദ്യം ചിന്തിക്കേണ്ട ബഹ്മത്ത് എന്നുള്ളത് കദീമിന്റെ ബസ്ഫോ ഹാവിസിന്റെ ബസ്ഫോ ബാദി ആകത്ര അതില്ല ഒന്നേക്ക് ഹാവിസിന് മാത്രമുള്ളത് മറ്റൊന്ന് കദീമന്റെ മാത്രമുള്ളത് രണ്ടിനു രണ്ടിനും പറയാൻ പറ്റുന്നത് അങ്ങനെ മൂന്ന് തരത്തിലാണ് ആകെ സിബത്തിന്റെ പോലെയുള്ളത് ഇപ്പൊ ഹാരികാവുക ഹർക്ക് മുതലായവ അരികെ ഉറഞ്ഞൂടു അാക്ക് ഹാദിസിന്റെ വസ്തു പറഞ്ഞില്ല അതിന്റെ ഹാജിസല്ല അഥവാ ഹാദിസായ സാധനത്തിന്റെ കൽക്കെന്ന് വസ്തു അറിഞ്ഞാൽ ഉടനെ കരുതിയിൽ ഉണ്ട് അല്ലെ അകുലക്കുരപ്പും വിനസ്ത്രീനി ആരാത്ത കൽക്കല്ലാത്ത സ്വീഡ് മാത്രമാണ് പക്ഷിന്റെ തോലെന്ത അതേപോലത്തെ പിന്നെ ഉറങ്ങുന്ന ആൾ കുടിക്കുന്ന ആൾ എന്നൊക്കെ ഹാദിസിനെ വസ്തു അയ്യോളാണ് അള്ളാഹ്ക്ക് പറയാൻ ആഡവാ പറഞ്ഞാലെന്താവും നമുക്ക് പറയാൻ പാടില്ല നസ്സിലടങ്ങി ബാധായി പോയെങ്കിൽ തെളിവിൽ കൊടുക്കും ഏതൊരു നെസ്സും ഔഹ്ബിഹ സൃഷ്ടികളോട് സാദൃശ്യം തോന്നിക്കുന്ന ചില ഔസാഹ് അതിലെന്താ ഗീഹാമ ചെയ്തു അന്ന ചിരിക്കുന്നു അല്ലെങ്കിൽ അന്ന ഏ അല്ല പറയുന്ന കുറയുന്നില്ല എന്താ കാണാം അബ്ബിൽ അതിനെ അനുയോജ്യമായി തെളിവീലൊടുക്കുക ഒരു മതഹ് ആ ഉപ്പബ്യന് അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാന്നു കഴിച്ചാലുള്ള തടി ഒന്നം നമുക്കറിഞ്ഞൂടാം രണ്ട് മതഹബ്ബാകും ഹലത്തീങ്ങളുടെ മതഹബ്ബാണ് അബ്ബിൽ മുൻകഴിഞ്ഞവരുടെ മതഹബ്ബാണ് ആ ഉപ്പബ്യൂ രണ്ടായാലും എന്തുകൊണ്ടാണ് തെളിവിലോട്ടാ തന്നിടത്തല്ല പുറം തന്തി ആ തന്തി മൃഗംപിച്ചോളണം തന്ത്യെ അതിൽ സന്ദീഹി വെച്ചുകൊണ്ട് വേണ്ട തെളിവീല് കൊടുക്കുക അല്ലെ കബീൽ നടക്കുക എന്തിനു മട്ടാന്ന് അപ്പൊ ചിന്തിക്കേണ്ട എന്താന്ന് ആദിത്തിന്റെ വസ്പ്പായ ആദിത്തിനെ വാർത്ത ആ കദീമിന്റെ പറഞ്ഞാൽ എന്താക്കണം കദീമിന്റെ അനുയോജ്യമായി എഴുതി തെമീല് കൊടുക്കണം ചിലപ്പം രണ്ടും കൂടി ഉണ്ടാകാം കരാമൽ ും പറയാറുണ്ട് കദീമനും പറയാറുണ്ട് അത് പറയുമ്പോൾ ആദിത്തിന്റെ ഹതീക്കത്തുനിന്ന് വേറെ കദീമിന്റെ ഹതീക്കത്ത് വേറെ രണ്ടും രണ്ടായിരത്തി രണ്ടായിട്ട് വേർതിരിച്ചു വരച്ചുകൂടാം ഒട്ടാരമാണ് ബാറ്റ് ആ വിഷയത്തിലുള്ള കംപ്ലീറ്റ് ആയി അപ്പൊ റഹമത്ത് എന്നുള്ളത് ആദിത്തിന്റെ ഭസ്ഫാണോ കദീമിന്റെ ഭസ്വാണോ തെല്ലിലെ പുസ്തകക്കാണോ എന്താ പറയാൻ പോകുന്നു എല്ലാ ആദിത്തിന്റെ ഭസ്ബന് റഹ്മത്ത് എന്നുള്ളത് അതുകൊണ്ട് കദീമന്റെ പ്രചരിപ്പിച്ചപ്പോൾ തെവിൽ കൊടുക്കേണ്ടി വരുമെന്ന് മുഷ്തഖാൻ തെവിൽ വേണ്ട വരാതിൽ ഹദിബിന് മതി അപ്പോൾ വഹമ്മ അസീസിന്റെ വസ്തു ആണ് പറയുന്നത് പക്ഷേ വസ്തു പറഞ്ഞായിരിക്കും അള്ളാഹ് അള്ളാഹ് പറഞ്ഞപ്പോൾ വഹമ്മത്തിൽ ഉണ്ടാക്കി തെവിൽ ഉൾക്കേണ്ടി വരും അക്കെ ഇതിന് തോന്നാനയപ്പോ പറഞ്ഞോണ്ട് വേറെ കാര്യമായിട്ട് വെച്ചാ എന്നി വരാൻ പറയി അതുകൊണ്ടാണ് ഇവർ നടക്കുന്നത് ദ വറഹ്മതുനൽ ജീ കത്ൽ ഖൽബി കടാൽബിൻ ദ ജീ കത അയ് റഅഫതുഹുൻ കൽബിൻ ദ റഅഫതദ ആ കദിഞ്ഞമായ പരി കരുഗം അവ ഹദീസിലെ ഉസ്താദ് കാരണം കൽബ് എന്ന് പറയുമ്പോൾ തന്നെ ഹദീസാണല്ലോ വിയത്തസ് വഹിയ ആ ജീ കത്ൽ ഖൽബ അലഗ റഅഫതന്തകും തസ്ൽസി മുത്തഫല്ലുല വൽ ഹിസാർ ആരോടാണോ കാരണം തോന്നിയത് അവ എനിക്കൊരു തപന്തും എഹ്സാന് ചെയ്ത് കൊടുക്കാൻ ആദ്യമാക്കി തീർക്കും ഈ ദിക്കത്തങ്ങ് വന്നാൽ എഹ്സാൻ ചെയ്യണമെന്നുള്ളത് ഉണ്ടാക്കി തീർക്കും അപ്പേതാ തപബ് ദിക്കത്തു തപും മറ്റേത് മുസും ഇതിനാൽ ഉണ്ടായ മുസബു എന്ന് പറയുന്നത് അതല്ലേ ആ പപ്പ അപ്പൊ ഈ തപ്പന്നു എഴുത്താൻ എന്നുള്ള എന്താഹ ദിക്കത്തുൽക്കൽഭുന ഉണ്ടാക്കി കാറ്റായി മാറി വലിയ ദിക്കത്തുൽകൽപ്പം ആ ബുധ ഊഹോ തപ്പന്നു തുടക്കമായി തപ്പന്നുണ്ടാക്കിയ അത്തിൽ കേന്ദ്ര അപ്പൊ ഇത് ഇക്കത്തനുള്ളത് ഹാനിത്തായ ബുസ്ബായപ്പോൾ അന്നാട്ട് പറയും എന്തോണം ഈ രാജുവിനേക്ക് വഴി തരുന്നോണം ഇപ്പത്തേക്ക് തിരിച്ചു വരണം കാരണം തപ്പന്നു എഹിത്താൻ എന്താ അല്ലാത്തണ്ട് അപ്പോ മറ്റേറെ അങ്ങനത്തെ അപ്പൊ പിടിച്ചുകൂടാ അതുകൊണ്ട് അതിനാ റഹ്മത്ത് എന്നാ അതിൽ നിന്നും ഉദ്ദേശിക്കപ്പെടണം അലുപായത്തോ ആയിട്ട് ഉദ്ദേശിക്കപ്പെടേണ്ടതാണ് അപ്പൊ സബബ് പ്രയോഗിക്കുക മുസബ് ഉദ്ദേശിക്കാനായി ഇപ്പൊ മജാദ് മുറസൽ ഒരു സാധനം അതിന്റെ ഹത്തേക്കാനയിൽ പെരുമാറിയാൽ ഹത്തീക്കത്ത് ഹത്തേക്കത്തല്ലാത്ത മറ്റൊരു മാനയിൽ പെരുമാറിയാൽ പരസ്പരം അനാക്കത്തുണ്ടോ എന്നാൽ മജാദ് അനാഖത്തില്ലേ എന്ന കത്തത് മുസ്തല വയസ്സു നമ്പളിങ്ങില്ലേ ഈ അനാക്കത്തൊന്നിട്ടെന്താകാം തസ്ബി ഹാകാം എന്നെങ്കിൽ വേറെന്തെങ്കിലും ആകാം തസ്ബി ഹാണെങ്കിൽ ആറത്തെന്ന് പേരായി മറ്റൊന്നാണെങ്കിലോ മജാകം മുറുസലൊന്നും വരും ഇവിടെ ഏതാണ് സഭ പറയുക മുസ്തകം ഉദ്ദേശിക്കുക സഭ കൂടെ യോജിക്കുന്നില്ല ആദ്യത്തിനുമായി പോയി തിക്കത്തൂൽക്കൽ പോയപ്പോൾ തപ്പത്തൂൽ ആണെങ്കിൽ അർത്ഥപ്പെട്ടിരുന്നു ശരിയില്ലേ അതെന്താൽബി എന്ന അർത്ഥം ആണ് അപ്പൊ ഞമ്മക്കേ അള്ളാഹുല്ലേ ആരും പറഞ്ഞു മുക്കദ് കഴിഞ്ഞു പോയില്ല അതിനെല്ലാ കെട്ടുറപ്പിച്ചു വെച്ചത് സിഫത്ത് ഒന്നിക്കിൽ ഹാരിന്റെ അസുൽ പറഞ്ഞാകാം കദീമിന്റെ പറഞ്ഞാകാം മുസ്തറപ്പു ആകാംന്ന് അതിന് മുക്കദ് പറഞ്ഞു നിൽക്കില്ല അപ്പൊ റഹ്മത്ത് അസുലി ആയിരിക്കാണ് ആദിത്തിന്റെ ഉപ്പു പറഞ്ഞ താപനാണ് അതല്ലേ ലഹക്ക് ലഹക്ക് ചിരിക്കലി ആദിത് കഥയും അസുലി ആദിത് അപ്പൊ അന്ന് ചിരിക്കുന്നു അവിടെ പകുതി ചിരിക്കൽ എന്നുള്ളത് എന്താണ് സൂചിപ്പിക്കുന്നു സന്തോഷ പ്രകടനത്തിന് സൂചിപ്പിക്കുന്നു അപ്പൊ ഇന്ന കാര്യത്തിലേക്ക് അള്ളാഹു ചിരിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് അതിനോട് സന്തോഷം കൊണ്ട് ഓണിക്ക് അതിനോട് ആനുകൂല്യ നിലപാടാ അർത്ഥം വരിക നിലപാട് മോഹക്കപ്പു പറയണ്ടല്ലോ തിജാമ്പളി പറയുന്നല്ലേ ആദിത്തായ കരാം കൊണ്ട് അറിയിക്കുന്നെല്ലാം ആദിത്തായ ഉസ്ക ഉണ്ടാവില്ലേ നമുക്ക് തീജാമ്പളി അല്ലെ കരാം വെച്ചിരുന്നു പറഞ്ഞ ഒക്കെ പറയുമ്പോ അവിടെ തന്തിയും കൂട്ടി പിടിച്ചോടണം എന്തുവാണാലൊക്കൂല വളമ പാത്രം തന്നെ ഉള്ളു ആദീസിനെ പറ്റി പറയാനും കദീമിനെ പറ്റി പറയാനും ആദീസാ ലഫാദിലൂടെ ഉള്ളൂ അപ്പൊ ആദിഷാ അലഫാദിൽ കൂടി മധുരമില്ലാത്ത എല്ലാ ആദിസന് ജയിച്ചു അപ്പൊ കദീമിലേക്ക് എത്തണമെങ്കിൽ മധുര യാത്ര പിടിച്ച അടുത്തേക്ക് വളച്ചേ പോകൂ അല്ല നേരെ പോകില്ലത് കദീമിലേക്ക് തിരിച്ചു വേണമെങ്കിൽ കദീയുമായി തിരിച്ചുകൊണ്ടായിരുന്നതിനെ എന്തിലും എന്ന് പൊളിച്ചാലേ ഇവരുള്ളൂ ഇറാദത്ത് വെച്ചോ കേട്ടെ ആദിഷ അൽഫാണു അദിത്തായകത്ത് ആദിത്താവും ആദി താവുന്ന കദീമാണ ഉദ്ദേശം കദീമിസ്റ്റ് വേണേ അപ്പൊ അർത്ഥം എത്തി തഹമാനെ ആ താപിത്തു ലഹു തപ്പിലും അല്ലെ ഹിസാനൂന്നായി തപമ്മിലും താപിത്തായ ഒരു തെനായി അർത്ഥം കത്തിറൻ അതിനബാലന്റെ പുസ്തകം സംബന്ധിച്ച് കത്തിറ കൂട്ടം രണ്ടും മൊബാലകത്ത് കൂട്ടിന്നല്ലേ പറഞ്ഞേ മൊബാലി കത്തിന്റെ കൂട്ടണ്ടേ വകദ ഇതുമോലെ തന്നെ ആകുന്നത റഹ്മാന റഹീമി പോ തെവിരി കൊടുത്തിട്ടുള്ളോ എന്ന ഇതുപോലെ തന്നെ ഹൈക്കോൽനം കുല്ലു മിനസ്മായി തഅ അല്ലാഹുനാസ്മൈ ഫത അല്ലാ ഇസ്മു തംഗത ഇസ്മ ജൂഹിമ ലാഹിറുഹു ഖിലാഫൽ മുറാദ് ലാഹിറു മുറാദു ഇദൈകി വന്നാദി ലാഹിറു മുറാദു ഖിലാഫ അങ്ങനെ വന്നാ ദിറാദു മിന ഖായതുഹു അല്ലാഹു നേർക്ക് നേരെ പ്രവിക്കാൻ പറ്റാ ഞാൻ അതുകൊണ്ടുള്ള റായ സുദ്ദേശിക്കപ്പെടണം എന്നർത്ഥം പറ്റുള്ളൂ അത് മൊത്തത്തിലുള്ളതാണ് എന്താ പറഞ്ഞോണ്ട് അത് ചെയ്യല്ലേ ഇനി ഒരു കാര്യം പറയാനുണ്ട് ഈ തപന്തൊരി എന്നുള്ളത് എഹസാൻ ചെയ്യൽ തപന്തൊരി ചെയ്യൽ എന്നാണോ എന്നാൽ അത് ഫെയിലർ സിഫത്ത് എല്ലാ എഹസാൻ ചെയ്യലെയും തപ്പന്തെയും വേണ്ടതുറക്കുന്നവൻ എന്നാണെങ്കിൽ ഇറാദത്തിന്റെ മാനിലേക്ക് വേണമെങ്കിൽ അവ സിബത്ത് കാത്താണത് മഹിയക്കാധനാണ് സിബത്ത് ഫെയിലാണ് കുതിരത്ത് ഇറാദത്തിൽ സിബത്തു കാത്താന്ന് ഈ തപ്പള്ളാൻ ഏതാസിപ്പ് സിബത്ത് രണ്ടു വാക്കാ രണ്ടു വാക്കാം നോക്ക് സുമ എന്നൊരിതം ഒരിത് താഴിക്ക ഈ തഫല്ലുനെ ഹതാ എന്ന മുരീദ് എന്ന് ഡിസംക്കയാണെങ്കിൽ ക മുരീദിൽ നിൻ ആ ഫസഫ തദാതിൽ ഹദഫ തദാതായി കണ്ടോ വ ഇൻ നൂരീദൽ ഫാഇലു അദ് ചെയ്യുനവ എന്നർതമക്കൽവുൻ ഇം എന്നർതതായി അങ്ങനെയാണെങ്കിൽ ഫസഫ തഫൈദായി ഇങ്ങനെയുള്ളതാണ് അതൈകമകന്തായ രന്താ ശേദ സർതീബല്ലമ്പായല്ല പക്ഷേ ഖിലാഫ് വേരാ അപ്പോൾ പ്രധാനം പറഞ്ഞെന്നു ഈ ഫാഇദ കൊണ്ടന്തണ്ടായില്ല ചിലത് വായകളെ ഉദ്ദേശം അനുസരിച്ച് ചില ഗജിമത്ത് പറയാൻ പാടില്ല എന്നാ പറയാൽ മറ്റേ ഉണ്ടാക്കി തീർക്കുന്നതിന് മനുഷ്യ ഏറാദിന്ന് പറയുമ്പോ മു ഉദ്ദേശിക്കപ്പെടുക നോക്ക് ഇതാണ് ഇപ്പൊ മജാദ് മുറുസലിപ്പണ്ടായത് എന്നാ ചെലർ പറയുന്ന ബ്രണ്ട് ഇസ്തആറത്ത് തംഖീലിയാണ് വ്യത്യാസം ഇസ്തീലിയാണ് ഇത് വേറെ ഇസ്റ്റംഖീലി വേറെ എന്താന്ന് ഇസ്റ്റാറത്ത് എന്താണ് മജാദ് മോസനം എന്താക്കിന് കഷ്ബിഅല്ലാത്ത അലാക്കത്തുണ്ടായാലും അലാക്കത്ത് മാറ്റി ഹലാകത്താക്കി അലാകത്താക്കുമ്പോൾ ലഫുന്നു ലഫുന്ദിന്റെ പാകരക്കുകയാണെങ്കിൽ എന്തായി ഇസ്റ്റാറത്ത് പൊറും ലഫുന ഇഷ്ട അപ്പൊ സുന്ദരമായ മൂത്തു പാതരുന്ന ഇഷ്ടീരിയാക്കുമ്പോൾ ഒരു സംഭവം മൊത്തത്തിലെടുക്കും എനിക്ക് ഇഷ്ടദേശം നബാസുലറങ്ങി പത്മഹസീമൻ സദോഹിയാഹും മൊത്തത്തിലെടുക്കും ആകാശം വെള്ളിറങ്ങി എന്നിട്ട് ഭൂമി ഉണ്ടാക്കി പച്ചപ്പൊടിച്ച് ഇങ്ങനെ നല്ല ഉഷാറായി പുഷ്പിച്ച് കായ് ഉഷാറായി ആയിക്കൊണ്ടിട്ടുമ്പോൾ ഒരു കൊടുങ്കാറ്റടിച്ച് കൊടുങ്കാറ്റടിച്ചിട്ട് എല്ലാം കൂടെ താൻ മാഞ്ഞ് ഒന്നും ഇല്ലാത്ത പോലും തവണ വില്ലം ഈ മൊത്തത്തിൽ ഉറക്കം ഉദ്ദേശിച്ചു ഇതിനെന്താക്കാം തുഞ്ഞാബലിന്റെ ആരോട് മൊത്തത്തിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ മക്കൾ നിന്ന് അവന്റെ കുജൂതിന്റെ ഈ ചാത്തിന്റെ ഇണ്ടാതാകുന്ന മഴ വസിച്ചപ്പോൾ ഇവിടെപാട് തായ്നാത്തുകൾ മുളിച്ചു വന്നു തുഞ്ഞാബലുണ്ടായി അതല്ല വന്ന പുരിമലിങ്ങ് വന്ന് അപ്പൊ കിയാമന്നാളാകുന്ന അവസരത്തിൽ എല്ലാവർക്കും പണാർത്താനുള്ള കുടുംബാറ്റം കഴിച്ചാൽ ക്യാമന്നാൾ വന്നു മൊത്തത്തിൽ ആ കൃഷിത്തോട്ടത്തിന്റെ മുമ്പിയോട് ആരാഗമിച്ച് കുഞ്ഞാബലിന്റെ ആരോഗിച്ചിട്ട് മൊത്തത്തിലാക്കം ചെയ്തു അതിന് എസ്റ്റി ആർ സംജീലിയാന്ന് പറയുമ്പോൾ മുറക്ക പാചിക്കണമെന്ന സംഭവം മൊത്തത്തിൽ മറ്റേ ഒറ്റ ഗിൽമത്തിന് മാത്രം ഇസ്താർ ആ ഇസ്താർ സംജീലി ഉണ്ടാക്കാന്ന് ഇവിടെ പറയും ചില അതങ്ങനെ ഒരു രാജാവ് ആ രാജാവിന്റെ കുറെ പുറച്ച കിടും ആ പുറച്ചാണ് ഇയാളാശ്രയിച്ചിട്ട് കഴിഞ്ഞു കൂടുന്നു അപ്പൊ ആ രാജാവ് ഇവിടെ അറിവ് തോന്നി അറിവ് തോന്നിയപ്പോൾ നിങ്ങൾ കൊടുക്കണെന്ന് തോന്നി ഇതെല്ലാം കൂടെ സംഭവം എടുത്തിട്ട് അള്ളാഹ രാജാവാക്കിറ്റും പിന്നെ പ്രജകളെ പൊറപ്പുകളാക്കിയിട്ടും ആ വൈഷ്മാവസ്ഥ എല്ലാം അള്ളാൻ കൂടെ ഇത്യാജാക്കി ചും എല്ലാം തംസീലാക്കിയിട്ട് അത് ഞാൻ നിർത്തിക്കുക ആ അതി പറയാൻ പോകും പേരെ കുട്ടി ഊപ്പറയെന്ന് അന്നലാമി ആംസീലിയാണ്ട് മദ്യമൂർത്തലെ ബാബു മാറി നേരിപ്രതമാരാ വന്നെ മുഹറായ ഇസ്റ്റഹാറത്തെല്ലാം തീരിയാ അതെങ്ങനെ നമുക്ക് പറഞ്ഞുണ്ടാക്കാം ഹാലുൽ മൗലയായ അള്ളാഹു സുബാന ഹാലിനെ തസ്ബി ഹുക എന്തിനോട് ആരോടുള്ള ഹാലി മാൾക്ക് ഈ അവന്റെ പടുത്തോളുമായുള്ള ഹാളി എന്ത് വിഷയത്തിലുള്ള ഹാലിൻ ഇൻആ് ചെയ്യുന്ന വിഷയത്തിലുള്ള എന്തുകൾ അമീബി ജലാൻ അമിബ് വലിയ വലിയ നിയമത്തുകളെ കൊണ്ടും ചെറിയ ചെറിയ നിയമത്തുകളെ കൊണ്ടും അതാ ജലാൻ നിയമനത്തിക്കാരി ഡെടുക്കാൻ റഹീം എടുക്കാൻ രണ്ടുപേരും വേണ്ടേ റഹ്മിപ്പ ഒന്ന് ജലായിരം തക്കായിക്ക് അല്ലെങ്കിൽ അപ്പൊ ഉസൂലിയും പൊറോയുമായി രണ്ട് തക്കാക്കുന്ന ഒന്ന് റഹ്മാനും ഒന്ന് റഹീമിന് രണ്ടി സിമ ും ബിപ്പ് ഞാൻ കൊണ്ടുതന്നെ ദിനീനക്ക് കൂടാൻ പറ്റുന്നു അതുകൊണ്ട് പടത്തിനോട് ഒന്നാം ഏമത്ത് ചെയ്യുന്നത് ആ ഹാനും ആരോട് ഒരു രാജാവിന്റെ ആനൗണ്ട് അപ്പൊ രാജാവാരായി അമ്മ അള്ള പിന്നീയ പടപ്പുകൾ അതാണ് അപ്പുറം പറഞ്ഞത് അല്ലേ അപ്പോ ഒരു നല്ല കാളണ്യമാനായ രാജാവ് അദ്ദേഹത്തിന്റെ പഴപ്പോഴോട് കാട്ടുന്ന ആരുമാര് തശ്മീരാക്കുക എന്തോരത്തിൽ ഹൈഅത്ത് മുസബ് ബിഹിതാണ് നമ്മുടെ രാജാവ് ഭൂമിയിലുള്ള അല്ലേ ആ എന്തോ ആ മൊട്ടാദറിയിക്കുന്ന ഹൈഅത്തടാ മൊത്തത്തിലുണ്ട് അതങ്ങനെ തന്നെ നിസ്സാരത്ത് ചെയ്തിട്ട് ആര് നിന്ന് നോക്ക് മുസബ്ബഹി ബിഹീന മേരെ അറിയിക്കുന്ന ആ ഹൈ അത്ത് ആര്ക്ക് ചെയ്യുക അതിൽ മുസബ്ബർ മുസബ അള്ളാന്റെ ആരാ അതിനെ ഇങ്ങനെ ഇസ്ലാർ തംശീലിയുണ്ടാക്കി ആ അപ്പ ഒച്ചപ്പാടയില്ലേ ബഹൂരിലേ അതിന്റെ മോൾ മൂന്ന് നാല് എത്ര ആണ് ഒന്ന് അന്നൽ ഇസ്ലാർത്തംശലിയാത്ത ആദ്യം ലഫുതിലും മാലിനും ഇസ്കാരം പോകുന്നു ആദ്യം ലപ്പുദിലെ കൂടുന്നു എന്തുകൊണ്ട് ഇസ്ലാർ തംശീലിയ മുറക്കബാത്തേ നടക്കുള്ളൂ ഇവിടെ മുറക്കബാത്ത റഹ്മാ റൈൻ രണ്ട് പേരേ വന്നിട്ടുള്ളൂ തംശീലിയാകണമേ മുറക്കം പോകട്ടെ മുറക്ക പോകട്ടെ ഒന്ന് അപ്പൊ ലഭുനീയാണ് ആദ്യം പറയുന്നത് ഒന്ന് രണ്ടാമതെന്താണ് ഹാരി പറഞ്ഞ വാക്ക് അന്നാ തന്റെ ഹാല ഹാലുല്ലെങ്കിൽ അന്നാക്കണിയാ ഹാലുൽമൗലേ പറയുന്നത് അന്നാക്ക ഹാലിന്ന് പറയാൻ പറ്റുമോ അന്നാക്കറഞ്ഞ സിഗത്തേ പറയാൻ പറ്റില്ല ഹാലു എന്നുള്ള സിഗത്ത് എന്താക്കി അന്നാക്കു വാലു കഴിച്ചില്ല അവന്റെ അട്ടടുത്ത നടപടി എടുത്തോന്നാ പറയുന്നത് അപ്പൊ രണ്ടാമത് വൈസിലാക്കുൽ ഹാരി അനന്നായി അമ്മാവന്റെ മീരൽ ഹാല് പ്രയോഗിക്കൽ എവിടെ ആദ്യം ഹാൽ ഉൽമി അത് എല്ലാം നേരെ ദിഹി അതുകൊണ്ട് സമ്മതം കിട്ടിയിട്ടില്ല രണ്ട് മൂന്നാമത്തത് റഹ്മാൻ അല്ലേ റഹ്മാന് കിട്ടാൻ പാടിയും റഹീമ് കിട്ടാൻ പാടീട്ടല്ലേ എന്താ കുറവിക്കുന്നു റഹീമ് പാടും പടക്കൽ പറയും കരീമും റഹീമെന്നൊക്കെ പറയണ്ട അും റഹീമ് അബും കരീമ് റഹ്മാൻ അന്നാക്കു മാത്രമേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ തസ്ബി ഹാക്കൽ നടക്കുക അപ്പൊ റഹ്മാൻ എന്നത് ഇസ്ലാം തന്നാത്ത അതൊക്കെ പറയാൻ പറ്റില്ല അപ്പൊ മുഷപ്പഹീ മുഷപ്പഹിദ് ഹീ രണ്ടിനും പെട്ട ഈ പേര് അത് നടക്കൂല മൂന്ന് പിന്നെ നിങ്ങൾ ആരാടെ തശബി ആക്കിയത് അന്നാലെ പിടിച്ചിട്ട് താഴെ പടപ്പുകളോട് തശബി സാധാരണ ലക്ഷ്മി ഹാക്കണെന്താ മുഷബഹ് ബിഹി ആയുകയും മുഷബ് താനതുമാകണം എന്നെങ്കിലേ മുബാതകത്തുള്ളൂ മുന്തി ആണിയോട് എസ്ബി ഹാക്കിയെ പോലക്ക എറണാകുളം അല്ലേ ബലിയനെ പിടിച്ച ആനോട് എസ്ബി ഹാക്കിയ കോലക്കാടല്ലേ അതാ വാന്നൽ മുഷബ ബിഹി അക്കവയായിരിക്കണം ഇവിടെ അക്കവയായിട്ടില്ല ഇവിടെ അതിനെ ആയിപ്പോയി രാജാകാട് ലസ്ബി ആക്കിയത് ആ അപ്പൊ ഇസാഹത്തുബിൻ അതുകൊണ്ട് തസ്ബി ഹെൽഅൽ ഇസാഹത്തുള്ളു സുല്ലോ നാദി എത്ര എന്നാ പറഞ്ഞത് നാവിന്ന് മറുപടി ഉണ്ട് എന്താണ് ആദ്യം അലുഹിൽ അഹമ്മിമൽ മുറക്കബി മുറക്കബിൽ നിന്ന് അഹമ്മയുടെ ഘടകം ഏതാണോ അവിടെ കൊണ്ട് മാത്രം മതിയാക്കി ചങ്ങരി മുറക്കബാട മനസ്സിൽ കണ്ടു വെച്ചോളാം എന്നിട്ട് അതിന്റെ അഹമ്മുസു മാത്രമേ വെക്കണ്ടു അപ്പൊ ഇത് ഇപ്പോ മുറക്കബും അത്ര പറഞ്ഞു റഹമാനുറീമൻ റഹ്മാൻ റഹീമുമായ മരിക്കുന്നില്ലേ മുറക്കബില്ല അഹമ്മദ റഹ്മാൻ റഹീം ഒരു ഇത് മാത്രം എടുത്തു അപ്പൊ നിങ്ങൾ തറക്കി പിരിച്ചാൽ പോയി പിന്നെ വൈത്തലാ രണ്ടാമത്തേത് ആര് നന്നാക്കി പറഞ്ഞതല്ലേ വൈത്തലാഖ് ആര് ജാദി നെറൂറത്തിൽ താരെയും പഠിപ്പിക്കണ്ട നെറൂറത്തിൽ വന്നതുകൊണ്ട് ആര് ഞങ്ങളെ പ്രചരിക്കൽ ജാഹിദ് നേട്ടേ അല്ല വിചാരിച്ചെന്നൊക്കെ ശരിക്കും വിചാരിച്ചെ പറ്റി പറയാൻ പറ്റാന്നില്ല അല്ല വിചാരിച്ചു പ്രശ്നമില്ലാന്നു ഇപ്പോഴും വിചാരിക്കില്ല ആ അതിൽ താരം എന്റെ നെറൂറത്തിന്റെ വേണ്ടി പിന്നെ മൂന്നാമത്തേടോ മൂന്നാമത്തെന്താ പറഞ്ഞത് ഹീക്കത്തില്ലാത്ത മജാദ്ണ്ടാകുന്നതിന് കുഴപ്പമില്ലാന്നു ഒരു മജാദ് പറയുമ്പോൾ അതിനൊപ്പത്തിൽ ഹത്തീക്കത്ത് നിലവിലുണ്ടാവുന്നുണ്ടോ അത് പോകുന്നില്ല സാങ്കല്പികമായ മജാത്ത് പോകാനും കുഴപ്പമൊന്നും ഇല്ലാന്നാണ് ഹക്കുള്ളത് അപ്പോഴെന്താ ഈ റഹ്മാൻ പ്രചോദിക്കുന്ന അവസരത്തിൽ സാങ്കല്പികമായ ഹത്തീക്കത്ത് ഉണ്ടാവുള്ളു ഹത്തീകത്ത് അന്നാക്കേലുള്ളൂ ഇപ്പൊ മഹോഷത്തെ ആൾ അങ്ങനെല്ലോ ആ അതിക മറുപടി പിന്നെ നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞു മുഷഫ് ബഹബി അലയാകണം അക്കബയാണല്ലേ പറഞ്ഞത് അത് അകലബിയാണ് മുഷഫ് ഹഹബി അക്കബയാകൻ അകലബിയാണ് സാധാരണ ബരിചാരനെ പൊടിച്ച് ബഹനോട് എന്നൊക്കെ നബീ സല്ലാ ഹലിഹനെ കുറിച്ച് ബോധം രസിയാക്കുന്നില്ലേ ബദൽ താണതാ തോന്നിയത് അത് ആളിനൊക്കെ വെച്ചിട്ട് താണത് അത് അകലപി മാത്രമാണെന്ന് കാര്യം തിരിയാൻ വേണ്ടി അള്ളാഹന വിഷ്കാത്ത പോലെ താണിവിടെ റഫിയാക്കി അത് അകലബിയാവുന്നില്ല അല്ല മറ്റേ അക്കവയാവണില്ല കൂടുതൽ തിരിഞ്ഞാ മതി പുതുവഴി ഉണ്ടായാൽ മതി ഇതെല്ലാം തളവിലൂടെ തൊപ്പിച്ച് ഏതായാലും ഹാപ്പീത് പറഞ്ഞതിൽ നാല് എത്ര ആളും കേസും ബാക്കിയുണ്ട് അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ ഈ മറുപടി എല്ലാം പറഞ്ഞതിന് ശേഷം പല ആരാ അജാകും നേരത്തെ പറഞ്ഞാൽ അജാകലാക്കിനും മജിയാക്കരാ നല്ലതും എളുപ്പമുണ്ട് എല്ലാം കണിയാംഹാര പറഞ്ഞത് റഹ്മത്ത് എന്നുള്ളത് عندنا وآية تدشيكنا على حقيقة بجولانا هذا مستحيلانا شعر يتكت القلب كان قلبم الله سوريا مبتلتا تدانا يتكت وقتم بردولاتا إنها اي ثابتنه التفللون وانا بيانا للمعلم وراد اللايق بيه تعالى الله تعالى قني وجمع ما يليل إبلي بيأك انا ثابتنه التفلل وانا حصارتن ودارد كثيرا للغا مبالغانا وصفر هذا شعر يوم تليا هذا شعر يوم تليا ട്ടെ കീനെന്ന് കൂട്ടി കൊടുത്തത് വക്കദ പുല്ലുസ്മീൻ ഇതുപോലെ തന്നെ എല്ലാ തെളിവീല് കൊടുക്കണം എന്താ പറയുന്നത് സബൂറ് റഹൂഫ് ഹക്കീം വദൂത് മുതലായവ എല്ലാം അച്ഛൻ എന്താണെന്നുള്ളത് ആദിത്തിന്റെ പറഞ്ഞ ഉസ്ഫ ആദിത്യ പറഞ്ഞായ കാരണത്തിന് വേണ്ടിയിട്ട് അതിൽ ആസിമി മുറാതാക്കി വെച്ചോളണം ഇങ്ങനെ അപ്പൊന്നുള്ളത് സിഫത്ത് മാറി ആകുമ്പോണ്ടായിരിക്കും കദീമാ എന്നൊരു ഹിലാഫേ ഇല്ല അസാറുണ്ട് സിബത്ത് കദീമാണോ ഹരിസ് ആണോ എന്നതിൽ ഹിലാഫുണ്ട് അസാറത്തിന്റെ അടുക്കൽ ഹരിസാന്നല്ലേ ഉമ്മീത് എടുത്തൊക്കെ ഉമ്മീത്ത് ഉമ്മീട്ട് മരിപ്പിക്കുന്നവരെന്ന് അത് ധൈര്യം ഉണ്ടായിട്ട് അയാളെ കാലാവധി എത്തിയിലെ ഏൽപ്പിക്കലുണ്ടെങ്കിൽ ഹരിസന്ന ആ സിപ്പത്ത് ഫേലേ ഹാസ അപ്പൊ വൈന കം വിദീമാണിടത്തില്ല വൈ നൊരിൽ പായിടുന്നിട്ട് ഇസ്മു ഫാ ഉപസിക്കപ്പെട്ടാൽ അപ്പൊ കൂടുതൽ നമ്മത്ത് ഫെയിലാണ് അപ്പൊ ആണ് അഷ്ടിന്നാണ് അവർ ഇതാക്കുണ്ട് മാത്ര രീതിയിലും അന്നു ചോദിക്കും നിങ്ങൾ എന്ത് വെച്ചാലും എന്താന്നയത്തറത്തെ അലാകുല്ലിൻ ഓരോന്നനുസരിച്ചും മാറ്റം വരും ഇത് അള്ളാഹ്മി മുസ്തഖർമിക്കൊരാൾ നോക്കാം നിന്റെ റഹ്മന്റെ മുസ്തകറിൽ നമ്മൾ നീ ഒരുമിച്ച് കൂട്ടുകയെ ഒരുമിച്ച് എന്ന് വേർന്നാടി വളരെ ചോദിക്കെ മുസ്തക്കർ റഹ്മത്ത് റഹ്മത്ത് സിഫത്ത് ദാത്താണോ സിഫത് ദാത്താൽ മുസ്തക്കറാത്തായി മാറും അപ്പൊ ദാത്തിൽ ഒരുമിച്ചുകൂട്ട് നടക്കൂല അതാണ് അതിലോ എല്ലാ സിഫത്ത് തേയിലാണോ അപ്പൊ റഹ്മത്ത് കൊടുക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ കൊടുക്കാറ് അപ്പൊ സ്വത്ത് ഒരുമിച്ച് കൂട്ടേണ്ട അർത്ഥം ചുറ്റി ഫൈന റദീ ഇ പറഞ്ഞാൽ ഉദ്ദേശിച്ച അന്നറഹദി സഫു ഫീദാണെങ്കിൽ ജാക അബവാ ജാഇദ നൊഡ ജെൻൻൽ മുറാദ് ഇജ്മാനാ ഫീ മുസ്തഖബ ഇഅ്മിക ബഹവൽ ജന്ന സർവമാ വൈന റദ അന്നഹ സഫു ഫുതാതാതുദ ശർദം ജിദ റദവാ ബറൻബല്ല നൊഡ ജെൻൻൽ മാന ഇജ്മാനാ ഫീ മുസ്തഖബ ഇറാബത്തിക ഇദ എന്നറദത് ഇറാദ സിക്കർ തബൂദാന ഖുദാന ജാക നൊഡ ഇറാദതല്ല പ്പന്ന് ഹാത്താ ഇറാമത്തല്ലേ മുറുനാബത്തല്ലോ ഇറാദത്ത് തപ്പുന്നതിന് വലിയ ഹിത്താൻ എന്ന ഇറാദത്തിന്റെ മഹൻ എദ്ദേശിച്ചെങ്കിൽ മുഹമ്മദാബ് പദാത്ത പദാത്തിൽ ജമാക്കലുണ്ടല്ലോ അല്ല ഇതിലാദ്യത്തെ പോലെ നോക്കിയിട്ടില്ലെന്നോന്നല്ലേ ഇനി റഹ്മാനാണ് അവിടെ നമ്മൾ പറയുന്നു റഹീമർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഖദ്ദർ റഹ്മാൻ റഹ്മാൻ എന്നതിനെ മുന്തിച്ചു അത് മുസ്തലീഫ് മാത്രം മുന്തിച്ചു എന്ന് പറയേണ്ട അതാണ് കുർജിമാൻ ഭയിച്ചത് മുസ്ലീഫ് അല്ല ലോകത്താതെല്ലാം തന്നെ തന്നെയാണല്ലോ റഹ്മാൻ എന്നതിനെ മുന്തിച്ചു എന്നതിനേക്കാളാണ് റഹീം റഹീം പറഞ്ഞു അത് റഹ്മാൻ എന്നത് റഹീമിനാക്കണ ഖാസാണ് റഹീമെന്നുള്ള എന്താക്ക നബീ സൾക്ക് പേരില്ല താരണികളുടെ അബ് എന്ന സാധാരണ എന്താക്കലുണ്ട് ആറ്റും പറയലുണ്ട് അപ്പൊ അന്നാക്ക മുക്തായ പേരാണ് റഹമാൻ എന്നുള്ളത് അതുകൊണ്ട് അതിന് ആദ്യം പരിഗണന കൊടുത്തു ആത്തനെ മുന്തിച്ച് ആങ്ങ് പറയലായി മുന്തിക്കുന്ന മുന്തിക്കുന്ന കണക്കു അമ്മാവ് താരക്കൊണ്ട് മുക്തത്താണത് റഹ്മാൻ അതാണ് മുന്തിക്കാനുള്ള കാര്യം ഉട്ടത് ഇത് എന്നുള്ള എന്താന്ന് ഹാത്താലുള്ള കാര്യത്തിലാണ് ഇത് ലായുത്തലപ്പു അലാക ഇരീ താര അമ്മാവത്താലാത്ത റഹ്മാൻ പറയാറില്ല ഒരു കാരണം രണ്ട് വലി അന്നവും അബുലവും റഹീമിനാക്കാണ മായനയിലെന്താണ്ട് അബുലവും കൂടിയാണ് അപ്പൊ അബുലകളിൽ നിന്ന് അബുലവറഞ്ഞേക്ക് ഇറങ്ങില്ലേ മോൻ താരനേക്ക് ഇറങ്ങില്ലേ അപ്പൊ അത് രണ്ടാമത്തെ ഒരു ഇല്ല സബരണി മൽ മുൻഇറു അല്ലേ ജല ഇലി അമീ നിയമത്തിൽ നിന്ന് വമ്പിച്ച വലിയ വലിയ നിയമത്തുകൾ എങ്ങനെ ജലായിലി കമ്മാലും കെയ്ഫാലും കമ്മെന്ന് പറഞ്ഞാൽ കോടിച്ചി കൈപ്പ് പറയുമ്പോൾ ക്വാളിറ്റി ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഇല്ലേ ഒരു സാധനത്തിനുള്ള യോഗ്യതയും മഹിമക്ക എന്താ പറയാ കൈഫ് അതിന്റെ വർധനവിന എന്താ പറയല് കമ്മ അപ്പൊ കമ്മാലും കെയ്പാലും ക്വാണ്ടിറ്റിയാലും ക്വാളിറ്റിയാലും ജലീലായ നിയമത്ത് കൊണ്ട് ചെയ്ത എന്താ റഹ്മാൻ എന്ന് പറയുന്നത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞ നിയമത്തിന്റെ റസൂലുകളും പുറകുകളൊന്നും പറയുന്നുണ്ട് ഉദാഹരണത്തിന്റെ കണ്ണുകളുള്ള എന്താന്ന് റസൂലാണ് ആ കണ്ണുകൊണ്ട് ഖുഹാൻ നോക്കുന്നു കിതാബ് നോക്കുന്നു ഗാഗം നോക്കുന്നു അങ്ങനെ അള്ളാഹന്റെ ആയാത്തു ബഹിനത്തിലേക്ക് നോക്കുന്നു ഇതെന്റെ പുറയായ ഫലങ്ങൾ അറിഞ്ഞ കിട്ടുന്നു വേണം വന്നില്ലേ ഇനി അങ്ങനെ തന്നെ എത്തും അള്ളാഹ് അല്ലാവിനെ കാണൽ വരി എത്തിയത് നാവ് നാവിന് സംസാരശേഷി നൽകാതിന്റെ ഉസൂലം ఆ సంసారం దన్న ఖురాన్ ఓదలావా దిక్రైల నర తస్వీర్ల అవస్రాల దైల నొడికడగా ఆదురేదగానందు వాలే కార్యములంటే ప్రాధాన్యతగా అవనే లాతుస్వాను వన చెర్దెలలా అదన్ బిఖినాతుర్ రహీమి రహీమనరు మాచుండు ఫయిన్నహు ఫయిన్న మఅనాహు అదిన మనా అల్మున్ ఇమ బిదకాయతిహా నన్ എന്തിന്റെ ഒപ്പോസിറ്റ് ജലായി അതിനൊപ്പായ നിയമത്തുകൾ നയി കഥ കമ്മ കഴിക്കാൻ കമ്മാലും കഴിക്കാനും അവർ റഹമാരും റഹിമും കൂടെ കൂടിയാലുണ്ടായിന്നറിയോ നിയമത്തിന്റെ എല്ലാ ഇനങ്ങളും ഉൾക്കൊണ്ടു ദക്കായിക്കും ജലായിലും വന്നു കമ്മിലും കൈഫിലും അപ്പൊ ജലായിലിനാണല്ലോ ദക്കായിക്കിനാക്കാൻ അപലത് എനി ചോന്നു ഇനിയിപ്പൊ നമുക്കൊരു സംശയമുണ്ട് ഈ ജലായിരം ന്യാമം ഡായിക്കം തമ്മിൽ എന്താ വ്യത്യാസം അതെന്താന്ന് അതിന് അപ്പൊ ജലാഹിരന്യാമെന്ന് പറഞ്ഞൂരു ആണ് നിയമത്തിന്റെ ഉസൂരുകൾക്കാ എന്താ പറയുന്നത് ജലാഹുര നിയമം അതാണ് കൽജൂർ ഒന്നാദ്യം ഇല്ലായ്മ നമ്മൾ പാച്ചുണ്ടാക്കണ്ട ശേഷം പന്ത് പന്ത് കഴിയുള്ളൂ അതാ കുജൂര് രണ്ടാമത് ഈമാൻ ഈമാന രണ്ടായിട്ടു വേണ്ടി എന്നിട്ടുണ്ടോക്കാരി അതാ ഈമാനേ പിന്നെ ആഫിയത്തും ഉണ്ടാണല്ലോ തടിക്കൊന്നും കഴിയാണ്ട് കടന്നാ പിന്നെ ഒന്നും പറഞ്ഞു കഴിയില്ല അപ്പൊ പടിപടിയായിട്ട് കണ്ടും ബുജൂലാണ് അസിലിനി പിന്നെ ഔസൂലിയായ്മ താൻ ഈമാനി ഈമാനിന്റെ പുറമെന്തോ ആഫിയത്തും പോകണം ആഫിയത്തും അല്ലെങ്കിൽ റസുക്കണാക്കണം രണ്ടു ആക്കാം ഇതുക്കു പോലെ അപ്പൊ പ്രാണവായു വേണം ആരോഗ്യമാണ് പലതും പോണം പിന്നെ ആക്കിലും പോണം സ്വർണം പാണം വസു കൈക്ക് ഇങ്ങനെ പല കാര്യങ്ങളും അതിന് ഉസ്താദന്മാരും സൈഫന്മാരും കിതാബുകളെല്ലാം ലഭ്യം അക്കൂലിയ നിയമത്താണ് ഏ അത് ഉപയോഗപ്പെടുത്തി ഒരുപാട് നേട്ടമുണ്ടാക്കണം അതാണ് ഇത് അതിന്റെ പുറോയിൽ അതാണ് ഇപ്പൊ ഖുഹാ നിയമത്തുകളിൽ നിന്ന് ദക്കായിക്കാണ് ഫുറോഹ ഇതിനാൽ ഉണ്ടായിത്തീരുന്ന പുറോകളാണ് തൽ ജമാൽ ഖത്തറത്ത് ഖത്തറത്തു ഒത്തുള്ള അങ്ങനെയോണ്ടി രണ്ട് മുതാസുകളല്ലേ ഈമാനിന്റെ ഖത്തറത്ത് ഈമാനിന്റെ തിയാതത്ത് ഈമാന്റെ ഖത്തറത്ത് എന്ന് പറഞ്ഞ ഈമാന്റെ പുറിയായ പ്രവർത്തനങ്ങൾ കത്തിറത്താമോ ഇമാന്റെ അയനുജക്കളിൽ അയക്കൊരു ചക്ക ഇരുന്നൂറ് ജക്കങ്ങളിൽ അയനുൽ ജക്കയിലേക്കോക്കൊരു ജക്കയിലേക്കാണ് ദിയാതെ കയറുന്നത് ആലെയും ആയാത്തോ നാടത്തോ നീമാന ആയാത്ര ഓതി കേൾപ്പിച്ച് അതിന്റെ വിയാഖ്യ എല്ലാണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നു വെറും ഓതിപ്പോയാൽ മതിരിയല്ല എല്ലാം അന്നെ പറഞ്ഞുള്ള ഏറ്റുക്കാർ ആസിരി ഒരു ആഴത്തെടുക്ക ഇന്നമാവാദത്തിൽ വല്ലതും അങ്ങനെ ചർച്ചക്കെടുക്കുമ്പോ ഉണ്ടാവും നേരത്തെ ഇല്ലാത്ത രീതിയിൽ പ്രത്യേക അർ മീൻ പറക്കുന്ന അരി മറ്റേ മറ്റേ അർനെ നമുക്ക് വണ്ടേ അറിയാം അല്ലാതെ ഈ സഹന ബഹനീ തെരക്കിലോ ഒന്നിനും ലഹരണം വിശദീകരിച്ചു നോക്കിയിട്ട് ബഹന രക്ഷീലാക്കിയിട്ടുണ്ട് ഒരു തെളിമാല എന്തെങ്കിലും വണ്ണം ഒരു ചക്രതി വന്നതിനകത്ത് അപ്പലക്കാൻ അതിനുമ്പോൾ പിടിച്ചു നോക്കാൻ ശക്തിയില്ല തോണിക്കാരനാണ് കയറിച്ച് പോടിച്ച് മീനെ പിടിച്ച് തൊഴിഞ്ഞിട്ട് മീനെ പിടിച്ച് കൊണ്ടാണത്തിന് നമുക്കൊന്നും ചീറ്റിക്കുന്നു അപ്പൊ ബഹന തസ്സീദാക്കി തന്നില്ലേ ഇവന്റെ ചട്ടത്തിന്റെ മുമ്പിലാണ് ബഹന തസ്കീദാക്കിയത് ആ തസ്സീദാക്കി ഇവന്റെ കൈ കൊണ്ട വഹുവ ഓനാണ് തസ്ക്കറൻ ബഹറ ആ എന്തിന് നിങ്ങക്ക് തോന്നാതി ഓനക്ക് ഓണി തസ്ക്കറായിക്കൊണ്ട് ഞമ്മക്കല്ല ഇത്ത കണ്ട നമ്മളെ പോലത്തെ രണ്ടര ഫീറ്റ് ഗീതിയും അഞ്ച് ഫീറ്റ് ഹൈറ്റുമുള്ള ഒരു മനുഷ്യരെ കൊണ്ട് ദസ്മയിലാക്കി കൊടുത്തിട്ട് മീനെ പിടിച്ചിട്ട് കൊണ്ടാണ് ഞമ്മൻ ചട്ടിയിലാക്കി തിന്നു ഇച്ചു നിങ്ങൾ തിന്നാനും ഡാമൻ കേട്ടോന്ന് അയിൽ രാലി അപുടി തന്നെ പറഞ്ഞാലും വൈലാസുലിയാലും ആദത്വവും മീമാനെ കൊണ്ട് വരേലേന്ന് അതാ സിയാറത്വം ജീമാനെങ്ങനെ ഓവുക അതെ അതുപോലെ ആഫിയത്തിന്റെ ബുഫൂർ ആഫിയത്ത് മൊട്ടത്തിലുണ്ട് കണ്ണും വേണം കാലിലും വേണം ചെവിക്കും പോകണം ഗ്രാമഭൂപങ്ങൾക്ക് ആഫിയത്ത് പോകണം ബുഫൂറുല്ല അതുപോലെ ഡിസുക്കുണ്ട് ഡിസക്കിന് എന്താ വേണം സാറ്റു ഡിസി പോകണം ആരോട് തുറന്നാൻ പാടില്ല തേച്ചപ്പാടും തരണം എത്രയും കിട്ടുക തേച്ചപ്പാടില്ല പോയില്ലേ പക്കീലന്നില്ലേ നൂറുപേ കിട്ടി പക്ഷെ നൂറ്റി അമ്പത്തോളം എന്റെ ഭൂതിയെങ്കിലും അയ്മ്പക്ക് ഏറ്റവും പാടില്ലല്ലോ അമ്പത് രൂപീറല്ലേ പക്ഷേ ഞാൻ തൊണ്ണൂറേ പ്രതീക്ഷിച്ചുള്ളൂ നൂറ് കിട്ടിയാലോ പത്ത് കനിയന്ന് പിന്നെ ആക്കല് ദിക്കത്ത് ആക്കല് മൊത്തത്തിൽ ആക്കൽ ഉണ്ടാക്കാൻ പോയാ ദിക്കത്തില്ലാത്ത ഒരു പിന്നെ ഹിദ്ധത്വ സമയം ഭക്തരോ നല്ല മൂർച്ച ചെളവിക്കല്ലോ അതായത് ആണെങ്കിൽ എന്റെ പോയി യാത്തിപ്പെട്ടതോ أبداً نيريو أن دهي بردر طرح والمعنى أنه تعالى من حيث إنه منعمن بجلائل النعم يسمى الرحمن الله سبحانه وتعالى جلائل النعم غند ومبتك ومبتك وصولي يعني عمد جيد إن آمن ورسالة الكوري ونرحمن إن بيجوري قرنه لا لنشى نعمل ولكنو نرته نيريو أن الله الرحمن أن بيجوري نرى ഇത് നേർക്കുന്ന ഭാഗം തെളിവില് കൊടുക്കാൻ ഞാൻ ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ട് നിയമത്ത് നമ്മളന്ന പഠിച്ചതിന് ശേഷം നമ്മൾക്ക് നിയമത്ത് കിട്ടിയതിന് ശേഷം അല്ലല്ലോ അന്നാ റഹ്മാ പേര് കിട്ടിരിക്കും അതായത് ഇഷ്ടമ്മാണ വിളിക്കുന്നതും നമ്മളാൽ വിളിക്കപ്പെടുന്നു റഹ്മാനും എന്നല്ലാണ്ട് ഒറിജിനൽ വിളിക്കപ്പെടാൻ അമ്മ ആരെയും പഠിച്ചിട്ടില്ല അന്ന റഹ്മാൻ തന്നെയാണല്ലോ അവന്റെ ആത്മാവിന് കഥീമ തന്നെയല്ലേ ആ وَمِنَّيْتُ إِنَّهُ مِنْ عِمٍ بِدَّقَائِكَ إِزْمَ الرَّحِيمٌ هاً انا امام الدين بأي جوكي تونه امام الدين شرحه إذن لَا يُتَّلَقُ عَلَى غَيْرِهِ تَعَالَى نُوَرْدَ اللَّهُ اللَّهُ تَعَالَى اللَّهُ كِهِ اللَّهُ تَعَقِدْ لِلَّهِ رَحْمَنِ بَرِينِ اللَّهُ فَحْنَوَى جَمَعُدْ عَنْ شَلَى اللَّهُ ഇങ്ങനെ പറഞ്ഞ അലാകല്ലാത്ത പറയില്ലന്ന് പാട്ടിലുണ്ടല്ല പറഞ്ഞില്ലേ അവനെങ്കിലും പാട്ട് ഇവര് കിട്ടിണ്ടാക്കിയ പാട്ട് ആ പാട്ടിന് തെളിഞ്ഞെടുക്കൂല അതാ പറയുന്നത് അതിനാ മറുപടി ഇത്തിലപ്പു അല ലാത്തിലും അലാകാരി തരാ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തല എല്ലാ താക്ക് പറഞ്ഞതായി കാണുന്നുണ്ടല്ലോ മറുപടി അത് എന്താണ് ഷായദ് പറഞ്ഞിട്ടുണ്ട് മുസൈലിമുത്ത് ഓ കള്ളടിയായിട്ട് വന്നാളല്ലേ വാൻ തറൈസിൽ തറമാനാന്ന് അവന്റെ ആവിധികൾ പറഞ്ഞ പോലെ അവന്റെ സാധാരണക്കാർ നിങ്ങാരാന്ന് ലോകത്തെല്ലാവർക്കും ഉള്ള മഴയാന്ന് വൈസാണ് പുതുമയ തിരയോ കിട്ടാണ്ടിരിക്കുമ്പോ കിട്ടുന്ന മഴക്കന്താ പറയുക വൈസ് ചക്രതിയേറിയ മസോദി അപ്പൊ അത്യാവശ്യം നേരത്ത് കിട്ടുന്ന മഴക്കന്താ പറയുക കൈ വാങ് മുസ്കിനാ റൈസം മുതൽ മത്തറം മുതൽ ഇറ്റാന്നു പറഞ്ഞില്ലല്ലോ അപ്പൊ നീ ജനങ്ങൾക്കല്ലോ പയ്യസാന്ന് അത് മുസലിമത്ത് പോലും മാത്രമല്ല നീ റഹ്മാനും കൂടിയാന്നാണ് കണ്ടോ പാട്ട് പറഞ്ഞിട്ടില്ലേ റഹ്മാൻ മുസലിമത്താണെന്ന് തിരിച്ചു പറഞ്ഞു ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് മുസലിമത്തു കസാബിന്റെ വിഷയത്തിൽ പറഞ്ഞെങ്കിൽ ഫഷാദൻ അവിടെ എല്ലപ്പറേണ്ടതാണ് ആ പാട്ടിന്ന് തെളിവില്ലല്ലോ പാട്ട് ഇപ്പൊ അന്ന് ഇവിടെ എടുക്കലാ ആവു അല്ലെങ്കിൽ മറ്റൊരു മതപടി പറയാൻ ഈ അന്നബു മുളക്കു ലാദുൽ റഹ്മാനാ എന്നുള്ളത് ലഖിരിയാക്കപ്പെട്ടാണ് എവിടെ അഹ്മാൻ അഹീമിനെ പറ്റിയൊണ്ട് മുഖ്തസായ റഹ്മാൻ അൽ അദ്ദീഫാക്കപ്പെട്ട പ്രത്യേക റഹ്മാനെ പറ്റിയാണ് അപ്പൊ അറഹ്മാൻ അരിക്ക് കണ്ടില്ല മുസ്ലീമത്തിന് വണ്ടില്ലല്ലോ പാട്ട് തെളിവാക്കി എടുത്തെങ്കിൽ അതന്നലെ തള്ളി അല്ലെങ്കിൽ ആ ഔമിൻ താന്നത്തെ ഫി കുഫിരി മുസരീമത്തിന്റെ ആബിദാണെന്ന ഷാഹിറുണ്ടല്ലോ ഓന് കുഫി കൊടികുത്തി വാഴന്നോലാണ് ഓന അങ്ങനെ അങ്ങനെ പറഞ്ഞു ഓരോ ആക്കാലും ഒലവപ്പെടുത്തു എന്ത് കണ്ണത്താലും മറുദൂത് മൂന്ന് ഒഴിയിൽ കൂടി മറുദൂതാണ് അത് പോയി കൗലഭോ വലിയ അപുലഭവും എന്താണ് രണ്ടാമത്തെ താഴേ അന്നാലോപം മുഖ്തസ്സു ആണ് രണ്ട് തെളിവാണ് അപ്പൊ മാൻ അല കോളി തലു ഹാസുൻ എന്നതിന്റെ നമ്മുടെ അറ്റഫാണ് അപ്പോൾ മുന്തിക്കാൻ രണ്ട് കാരണം ഉണ്ട് ഒന്ന് ഒന്ന് അന്നാനക്കൊണ്ട് മുസ്തസ് രണ്ട് അപര ഇത് മായാഹൂ കാലിയില ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപരള്ള കാലിയിലാണ് ഇത് ഇത് എന്നുള്ളത് കളാക്ക് അതിനെ என்ன പറഞ്ഞു வஹா தல் மஅனா இவர ரஹ்மானும் ரஹீமுந் شیخ ரஹ்மத்துல்லாஹி வந்து சொன்னது মানেണ്ടല്ലോ அதான ஆஷூர் தஃபಾಸீர் இந்த ரெண்டு இஸ்மினு பாற ரஃபஸிரல் ஏத்தம் மஷहूर ஆயிரு كتير வஹிஜத்து ஹு பிதாலிகா இத என்னது தரீவு மீரா மயவர் குனு அத்யிஸ்தா சுஹு பில்லாஹி தஆலா அல்லாஹ் நுத்தான கொண்ட முஹ்தஸாவலு தென்ன എന്തിന് ഹാത്താന്നുള്ളി രണ്ടാമതത് വൗണ ദിയാദത്തിൽ ബിനാ ഈ തതുണ്ടാ ബിനാൽ കരിമാന്റെ അർഫിന്റെ എണ്ണോ അതാണോ ബിനാർ അതിന്റെ തിയാരത്തെന്തൊക്കെ മാന ദറിയിക്കും പക്ഷെ ചെറിയ ചെറുത്തുണ്ട് ഹ്മാൻ എന്ന നൃത്തത്തിൽ എത്ര അച്ഛനും അഞ്ചച്ഛനും വരുന്നില്ലേ റാവു ഹാവും മീമും അരിഫും ജോനും റഹീമില്ല നാലേ പെരുന്നുള്ളൂ ഒരച്ഛനത്തിന് സിയാദത്തുണ്ട് അത്തറ കണ്ട അർത്ഥത്തിനും എന്ത് വേണം മൈമ വേണം പക്ഷെ അല്ലെങ്കിലല്ല പുല്ലിയേറ്റ് പറഞ്ഞോ മൂന്ന് ഷർത്തുണ്ട് സിയാദത്തിൽ ബിനാൾ ധ്യാദത്തിൽ മാനാൻഡ് അറിയിക്കണമെങ്കിൽ രണ്ടും സിയാത്ത ആണെങ്കിൽ എന്താണ് വി സു ബി സലൂത്ത് സോത്ത് മൂന്ന് ഷർത്ത് ഒക്കെ ഒന്ന് അയിഞ്ഞക്കോളിക്കിൽ ജിബിലി എത്തി ജിബിലി ആ സിഫാത്ത് ഉണ്ടോ അത് ഏറ്റക്കുറത്തിന് സ്വീകരിക്കാതെ അന്ന് പറക്കുമ്പോന്ന ഒരൊക്കെ പറിച്ചുകൊടുത്ത് ആ സിഫാത്ത് എല്ലാം എടുക്കണം ആജാ അപ്പൊ പുറത്തുപോയി നഹിം മുതലായ പുറത്തുപോയി ഷരീഹ് നഹിമ് ദ്രഹീന്നാർത്ഥം നഹിമ് പക്ഷെ അച്ഛനം രണ്ടേ ഉള്ളു രണ്ടിലും മൂന്നെണ്ണേ ഉള്ളു സിയാറത്തിൽ ബിനാ ഇല്ല ആർത്തത്തിൽ വ്യത്യാസമുണ്ടും തന്നെ ശരീഷ് എന്ന് പറഞ്ഞാലും നെഹിമെന്ന് പറഞ്ഞാൽ അച്ഛനത്തിലുള്ള സ്ഥിതി മൂന്നേ മൂന്ന് ആർത്തത്തിൽ ഒന്നിലധികം ഒന്നിനു കുറവുണ്ട് നെഹിമലധികമാണ് അപ്പോൾ സിയാറത്തിൽ ബിനാന്നുള്ള മനുഷ്യ ജിബിലി അതിപാതിപ്പെട്ടതാണ് അത് പിന്നെ രണ്ട് വാഞ്ഞിത്തെല്ല ഫുലാരിക്കി നൗതി ആ നൗഇൻ ദീശത്തിൽ ലഫുന മുതഹിദായീ പോട അപ്പപ്പാ ഖാരജേ എതു പോയി ഹാദിറു ഹാദിറു വർത്ത പോയിന്ന ഹാദിറു ഹാദിറു ഫൽ അബ്ദു ഈ ഹാദിൻണ്ടല്ലോ മാ ഖില്ലത്തി റൂഫി അബ്ദഹു ആത്ര ചുരിങ്ങിട്ടോണ്ട് അബദവടാവുന്നാ അപ്പ ശർത്തു നമ്മൾ നമുക്കെന്താവാട്ട് ലപുത എന്ന് ചെയ്യാത്ത മാനേജാത്തുവാണോ ഇപ്പോൾ ലഭുത സ്വീകരിക്കും മാനിരാ ശക്തി കൂടിയത് അത് മാനേ എന്ന് കേട്ടിട്ടില്ല എന്റെ ലപുത മുത്തഹിരായിട്ടില്ല ഹബീറും ഹാദിറും അത്തന്മാത്രമേ തന്നെ അടുക്കലേതായി ഹാദിർ നക്കണം ഈ ശ്രദ്ധ കൂടുതലില്ലാത്തുള്ള കുറേ ഹബീർ അത് വലിയ ഹദറിലാണ് കാക്കൻ്റെ പറയുന്നില്ലേ അപ്പോൾ എന്താ ഹദീറിന് അബലവാങ്ങാൻ അച്ഛൻ ചുരുങ്ങിയത് എല്ലാവരുടെ പ്രശ്നം അച്ഛൻ അച്ഛല്ല അത് സിഫത്ത് മുഷബം ഹാദിറമ്മാണ് ഹാദിറമ്മിഫത്ത് മുഷബാന്റെ ഒത്തിനാവുന്നത് എന്താ സാനിയേക്കാൾ അബലറാണ് നീക്കാവുന്ന എന്തുകൊണ്ട് ഈ അബ്ബലായി അവിടാണോ ചാറേ മുഷബാസിൻ ഹാബിൾ ഇസ്ഫുഖായി മൂന്നാമത്തെ ഛർദ്ദന്താ ഇഷ്ടം അപ്പൊ കളാജ പുറത്തുപോയി ജമീൻ സമാൻ തന്നെ ഇഷ്ടിക്കാക്കിനെ വിടിച്ചാത്തുണ്ട് ജമീന് സമാന് ഇപ്പൊ മരതും വലിയൊന്നുമല്ലല്ല ഭരനെ വിളിച്ചതാ ഒന്നും വലാതത്തല്ലോ അപ്പം മതികളുടെ പരാതി വിജയത്തിനുണ്ടല്ലോ അതുപോലെ ഇഷ്ടക്കാർക്കെല്ലാം മാറ്റം പറഞ്ഞു അപ്പൊ ഈ പറയപ്പെട്ട ഷർത്തല്ല ഒത്തുകൂടിയ വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ റഹ്മാൻ റഹിമു തന്നെയാണ് അത്തരം ഇഷ്ടക്കാർക്ക് എന്താ റഹിമയിൽ നിന്ന് കുറിച്ചൊന്ന് പറഞ്ഞുകൊണ്ട് രണ്ടിന്റെയും ഇഷ്ടക്കാർക്ക് മാത്രം ഒന്നാണ് പറഞ്ഞ ഒന്നിക്ക് റഹിമ റഹിമ മുത്താക്കി ചിന്താക്കി ഞമ്മ തെളിവിൽ കൊടുത്തിട്ട് അതുപോലെ കത്ത ആ കത്തൊക്കുന്നുണ്ട് കത്ത കത്ത നിലവു ഫത്തൊക്കുന്നില്ല അപരവാദം നല്ല അർത്ഥം വരുന്നാണ് കത്തഹ മുത്താർതിപ്പോ ഫത്തഹി മുത്താർദി തന്നെ മുത്താജി മുത്താർക്ക് രണ്ട് അപരവീത്തിന് تَنَاطُ وَعَدْلِهِمْ مَفْتَحَتَ لَهُمُ الْأَبْوَابُ نَظَرُ اللَّهُ أَرْجُونُ نَنَلَ مَفْتُوحَتَ لَهُمُ الْأَبْوَابُ نَلَلَ اللَّهُ أَرْجُونُ لَا تُفْتَحُ لَهُمْ أَبْوَابُ السَّمَاءِ أبواب السماءர்க்கு தர்க்கப்பரினilla சுஸ்கஹுன லல்லோ அபய நா சொர்த்தோடத்துற்தின் ரஹீர் இங்கத்தடு இஸ்திகாகன மாத்ரே ரொத்தட்டுண்டு പിന്നെ கில்லத்துல் நுசியாத்துல் ஹர்ஃப் அல்லதி ஜினியாத்துல் மஆனீ உண்டு ാലിക്കുണ്ട് ഏത് ബത്തർണമോ അല്ല അതെല്ലാം റൈൽ താലിക്ക കശമ്മി മറക്കലി റോക്ക് രുചിക്കലി ലംസ് തൊട്ടറിവ് നജാത്ത മിനന്നാറ് നരകത്തിനെ തൊട്ട് രക്ഷപ്പെടലി ദുഹൂലൊന്നും പുറമയ്യാത്തിപ്പെട്ടതല്ലേ ദുഹൂല ജന്നത്ത് ഹമാൻ റഹ്മാൻ എന്ന് പേര് കൊടുക്കുന്നല്ലേ എന്നുവച്ചാൽ റഹ്മാൻ റഹ്മാൻ എന്ന ഇസ്മിന്റെ മേലിനെ നമ്മക്ക് ദലീൽ പിടിക്കാനായി അല്ലാണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അന്ന റഹ്മാൻ റഹ്മാൻ തന്നെയാണ് റഹ്മത്തുള്ള തന്നെയാണ് പക്ഷെ നമ്മൾ ഓരോ വിളിക്കുമ്പോൾ ഇത് തെളിവാക്കി പിടിച്ചു വാസിറ്റി ആക്കി എന്ന് മാത്രം ഏത് അന്ന ഉണ്ട് എന്നുള്ളതിന് ഒന്നു എന്താ തെളിഞ്ഞു ആരമു ആരമല്ലേ കണ്ടില്ലേ ണ്ടായിന്ന അല്ല എന്നുവെച്ചാൽ അള്ളാഹ്ന വരൂദിന്റെ തെളിവ് പിടിച്ചു ഞാൻ ആലമുണ്ടായുണ്ടാവുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെയാ വെക്കണായു കാലു ഇതേ അർത്ഥം കൊടുക്കണിയും ഇസം ഫി കോലിഹി മുസന്നിഫിന്റെ കോലി അർഹീം എന്ന ഇസംറീം എന്ന് പറഞ്ഞില്ലേ ഓ ഇല്ല അങ്ങനെ തെളിവില് വെക്കാത്ത കാലത്തോളം ഫാസ്മ ഊഹൂ താലാവ ഔസോ അദലിയത് കദീമത്വം പറപ്പുണ്ടായതിനു ശേഷം പേരൊന്നും അല്ല അദലിയത്വാണ് കദീമത്വാണ് അതലും കദീമ ഒന്നാണോ എന്നെ കുറിച്ച് ചർച്ച എടുത്ത് വരൂ അതലും കദീമും മുത്തമാലാനിയാണോ അതായത് ഉമസ മുത്തലിയൊക്കെ ആണോ നിസ്മലും ഞാൻ മന്ത്രിക്ക് ഓരോ പഠിച്ചിട്ട് വാങ്ങിക്കുന്നോ മന്ത്രിക്ക് കൂട്ടി ഒന്നല്ല അതലും കദീമും അദലിയും കദീമും ഒന്നാണോ രണ്ടാണോ രണ്ടൊന്നാമെന്ന് പറഞ്ഞവരുണ്ട് എല്ലാ അതലിയും കഥിയമാകുന്നു കഥമീ കഥിയുമെല്ലാം അതലിയാകുന്നു എന്ന് പറഞ്ഞവരുണ്ട് അവ മുത്തൈലായി എല്ലാ ഒന്ന് ആമൊന്ന് ഹാസു ആണെന്ന് പറഞ്ഞവരുണ്ട് എല്ലാ മോ ഹും വിപരിയാണോ എല്ലാ തപായില്ല എല്ലാരത്തിലും വരും അതിന്റെ ആയുധത്തിലുള്ള ഹിതാപം കുറയും ഇതിന്റെ വരുന്നുണ്ട് ജോളത്തിൽ കുറേ വന്നിട്ടുണ്ടല്ല അത് മറന്നോട്ട് കൊടുക്കാനായി اني يقول رادي رحمه القادر بيت ده قاルトن اي احمد المسهور بالذردير بيت ده يقول لا പറയുന്നു આરા બરйно راجي رحمه القادر قدير يا الله இந்த ரஹமத்தின ஆசவச்ச ஒரு விதிதி ആദ്യംപുറ ഉത്സവമാണത് ആ വ്യക്തിയുടെ പേരെന്ന് പറഞ്ഞാലൂടെ പറയാ അതായത് അഹമ്മദു എന്നവരാ ആ അഹമ്മദ് എന്നറ മഷൂർ എന്താണ് വിളിക്കരുത് നമ്മൾ നമ്മൾ പേരുണ്ടാവില്ല അവർ അക്കമില്ലാ വിളിക്കുക കോഴിക്കോട്ട് ഇത്താതെന്നല്ലേ വിളിക്കരുത് അവർ പേര് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല അറിയാക്കൂ കോട്ടമൂടെ നിർത്താതെ ഇപ്പോൾ ആക്കുന്ന പേരറിയില്ല ആ അതുപോലെ ദർദീർ എന്ന മശൂലറിയപ്പെടുന്ന ആണ് എന്ന് പറയുന്നറിയപ്പെടുന്ന ഒരു അഹമ്മദാണിത് അകീലിയാണ് അല്ലെങ്കിൽ പറയും എപ്പോലോന്നുള്ളത് ഭൂ മീൻപാവി നെത്തറ ഈ എപ്പോഴോന്നുള്ളത് നെത്തറ വാപ്പാണ് അപ്പോ എന്താ ഈ ആവാല കവലാ ആ മുളാരിന്താറിയ സുറുക്ക് നമുക്ക് സർക്കേരി പറഞ്ഞൂലുക്ക് പൂരൂന്നാക്കുമ്പോൾ ഈ പന്തിണ്ട് വാവിന്റെ ദമ്പ് വന്ന് കാഫിന് സുക്കും വന്ന് അപ്പൊ അവിടെ നമ്മുടെ ഇട്ട് ആ വാവിനോട് പറഞ്ഞു ബാറോ ആ ദമ്മിങ് മകിട്ടന്നാട്ടെ നീ സുക്കുവിനെട്ടോ നോക്കിയിലാക്കാം കാരണം വാറ് മിക്കവാറും ലീനിയായ അക്ഷരാണെന്നുണ്ടോ മദ്യായിട്ടും ലീനിയായിട്ടൊക്കെ വരുന്ന അക്ഷരല്ലേ അത് എനിക്ക് സുഖുനക്കത്തല്ല അതുകൊണ്ട് കാപ്പ് വലിയാപ്പിയാന്നുണ്ടോ വലിയ നക്കുതി അക്ഷരവും കാഫിന്റെ സുഖോന അരിക്ക് മാങ്ങി കൊടുത്ത് വാവിന് കൊടുത്തിട്ട് വാവിനെ നമ്മൾ അരിക്ക് കൊടുത്ത് കാഫിനെ കൊടുത്ത് അപ്പൊ കോഖോനെ ഏത് ഇനഹാരിയായ സുഖൂനാന്ന് വെച്ചാല് സുഖൂനുണ്ട് സുക്കൂ അഞ്ചാവുന്നാണ് മദ്യയായിട്ട് വരുന്നത് സുക്കൂൻ എന്നുണ്ട് ഇപ്പൊ സുക്കൂന അഞ്ചാവിനെ സ്വരം സുക്കൂന ഇപ്പോൾ ആ ബയ്യനത്തായ ബയ്യനായ സുക്കൂനായി ആ ബയ്യനായ സുക്കുനാമൻ ഉച്ചത്തിൽ കുടുങ്ങുന്നുണ്ട് അപ്പൊ നീ ശേഷം വാവും കൂടി വന്നാൽ നീയൊരു കാര്യം ചെയ്യ് നീ ബയ്യനായ സുഖവും കൊണ്ട് നിൽക്കണ്ട നീ മദ്യ അയക്കോ അതോട് വാവിനോട് ഞാൻ ആയിക്കോട്ടെ ഞാൻ താപ്യയിക്കോട്ടെ കാബിനോട് താപ്യാകാം മൈനാത്തന്നാകുമ്പോ മുത്തത്തിന്റെ അച്ഛര ഉണ്ടാവുക മദ്യാന മാക്കപുലിനോട് കാബി ആകരണ്ടാവുക എന്തിനേ സിഫാത്തിന്റെ വിഷയത്തിന് അതുകൊണ്ട് എനിക്ക് ആനുകൂല്യം തരാം എന്താകൂല്യോ കാമാക്കപ്പെടുന്ന അച്ഛനാണ് അതുകൊണ്ട് വാവിന് തപ്ഷീം കൂട്ടു ലാഭമുണ്ട് ഒക്കെ കൂടിയാല് ആ കാരണം കഴിഞ്ഞുകൊണ്ട് ലാഭമുണ്ട് ഇപ്പാ കാപ്പിന്റെ തപ്ഷീം അതുകൊണ്ട് പറഞ്ഞേക്കാ അതെന്റെ നോക്കിയാല് അങ്ങനെ കാഫിരിനും ഈ അച്ഛൻ നോക്കിന്റെ ചുതിയാത്ര അതിന്റെ പുല്ലിയായ കാണൂനാന്നൊക്കെ അപ്പൊ ഫാഫീരന് ആ والا معينه عين الفيل رمزه واغني ابطق فيفا فينا تقفيفا كبنقل حركه العين عين الحركه म्हणजे वबिन الحركه نذكر الى الفاعله كده म्हणजे काफ ليك جزئيات जण लगे यार एंगल काफ ليك كليه جزئيات अर्थ नोकाव इंगले بيسوقو فاهي ക്കി വെരു അല്ലിയാണ് ഇവിടെ പിന്നെ അറക്കത്തിൽ അന്ന് പറഞ്ഞ ഏതായു പറഞ്ഞ വാവ് പിന്ന ഇത് ഫായി ജുസിയായിട്ട് പറഞ്ഞ കാപ്പ് തിരീന്നില്ല പ്രത്യേക ഉദാഹരണമാണ് ജുസുകി ഫായി പുല്ലിയാണ് പറയുന്നത് ആ റാജി റഹ്മത്ത് എന്നുള്ള റാജി എന്ന ഇസ്മുഫായ റഹ്മത്തിലേക്ക് ഇതാപത്താക്കണമെന്നാ പറയുന്നത് പക്ഷെ ഇമാമ പറയുന്നു അങ്ങനത്തെ തന്നെ വേണം എന്നില്ല ഒഴിവാക്കാതെ അങ്ങനെ പറഞ്ഞത് ഞങ്ങക്ക് ഇങ്ങനെയാക്കാറ് بإضافة الوصف اذا وصف راجي ان الوصف اضافه كي اذا مأموري اذا مأمور منهم راجي اغرئكنا عندني اغرئكنا رحمتينه عفوا دعنا مفعولك الاضافي بالاري مزيدين زيدينه ادكنا له <تصفى> قال لك <تصفى> انها بقت خبر راجين ده معناه شنو المامل المنتظرون ان دي معناها راجين ده معناها ഇൻആാമ കി സിഫത്തുൽ ഫെയിലാക്കി മറിച്ചിട്ടുണ്ടെന്നല്ലേ സിഫത്ത് താത്തല്ലാം ഉപ്പറക്കിയെ ഇൻആാമല്ലേ എന്താ ഇൻആാമിക്കാ റഹമ്മന്റെ തെവീലും കൊടുത്തു സിഫത്ത് ഉൽ ഫെയിലും ആക്കിരി തെവീലും കൊടുത്തത് അപ്പൊ ഇൻആ പയലക്കുട്ടി തന്നെ കുടിക്കണം നല്ല ഒപ്പിച്ചിങ്ങനെ പോണോ കിഫാബ് തിരിഞ്ഞാ തിരിഞ്ഞോ القدير قدير رأي الله أبين دين يقدير أن الذي فعيل وزنام فعيل وزنام سفط وشبه عندما يسبوه سفط وشبه عندما يمكنه أن يكون مبالغي برنا فعيل وزن مبالغي نقول لهم آه مبالغي قتلنا نقول دائم القدرة مبالغي نرتاورت قدرة دائم يا أيهان أنه فين كفير القدرة نور كاما عيدا للهن െ അന്നേരം പോളവിൽ കൊടുക്കണ്ടി വരും പിന്നെ തെളിവിലും വേണം എന്തുകൊണ്ട് അന്നാറുവിന്റെ നാത്തിലും സിഫാത്തിലും അഫ്റ്റാവിൽ മോനാരാണ് വരാനിയെത്തി പോകണം കാട്ട് സിഫാറ്റ് അഫ്റ്റാരി ഈ മൂന്നെണ്ണത്തിൽ വരാനി വരുമ്പോൾ മൊത്തത്തിലും പോണം മുമ്പത്തിലും ഏത് കത്തിനത്തുണ്ടാക്കണം മൊത്തത്തിലും പോരണം പോണം മുമ്പത്തിലും പോണം അപ്പൊ കമ്മ മൊത്തത്തിലും പോണം മുമ്പത്തിലും പോണം എന്തിനേ മൂന്നില് സിഫാത്തിൽ അതാ വേണ്ടത് അഷ് അലി അഞ്ചേ പോണ്ടു അപ്പോൾ ധാത്തിലുള്ള മുത്തത്തിലായ കമ്പ് കാണണം കുമ്പത്തിലായ കമ്പ് കാണാം സിഫാത്തിലുള്ള മുത്തത്തിലായ കമ്പ് കാണും മുമ്പത്തിലെ കമ്പെന്നു പറഞ്ഞാൽ വർദ്ധന ആ അതിലുള്ള മുത്തത്തിലും വേണം മുമ്പത്തിലും പോകണം അപ്പോ ആറ് കമ്പുകൾ എന്താകണം ഒന്നാം തലത്തിൽ എഫി ചെയ്യേണ്ടി വരും പക്ഷേ അഞ്ചേ ലഫി ചെയ്യുന്നുള്ളൂ എങ്ങനെ അഫ് ആറിലുള്ള മുംഫത്തിലായ കമ്മയെ നഫീഷ് ചെയ്ത മുത്തത്തിലുണ്ട് എന്നാണ് കാരണം കണ്ടല്ലേ കാവിലല്ലല്ലോ ബാസിൽ അള്ളാഹിയോ അപ്പൊ ബസ് ഉച്ചക്കും കതുറൊട്ടി ഘടൻ രണ്ടാണല്ലോ അപ്പൊ രാത്രിയിലുള്ള മുത്തത്തിലായ കമ്മെന്ന് പറഞ്ഞാൽ എന്താ ഈ രാത്രി ഒന്നിലധികം ഘടകങ്ങൾ ഒരുമിച്ച് കൂട്ടിയ കുറെ പാറ്റ്സ് ഉണ്ട് എന്ന് വെക്കാൻ പാടില്ല ചായക്ക് മുത്തത്തിലായ കമ്മുണ്ട് എന്തൊക്കെയാ പൊടി വെള്ളം പാളി പഞ്ചസാര മീമം നാലങ്ങുണ്ട് മുത്തത്തിലായ കമ്മുണ്ട് ഇങ്ങനെ പല ഘടകങ്ങളും കൂടെ മുത്തത്തിലായ കമ്മുണ്ടാക്കിയില്ല കുറഞ്ഞെ നോക്കിയാൽ ഉള്ളപ്പോലത്തെ വളരെ അവധിയില്ല മുമ്പത്തിലായ കമ്മി അത് പോയി സിഫാറ്റ് എടുത്തു നോക്കാം സിഫാത്തിന് ഒരേ സിഫാത്തും ഒന്നര ഉണ്ടാകാൻ പാടില്ല കുതിർത്തങ്ങനെ ഇടാത്ത ഒന്നേ ഉണ്ടാകാൻ ഇതുപോലത്തെ അപ്പൊണ്ടായി ഒന്നിലധികം കുതിരത്തോ ഒന്നിലധികം മിറാകത്തോ ഒന്നിലധികം മിൽമോ ഒന്നിലധികം സോ ഉണ്ടാവും ബന്ധാവും മുത്തത്തിലായ സിഫാത്തിൽ മുത്തത്തിലായ കമ്മോന്ന് നീക്കും അല്ലാ പോ കുതിരത്ത് വരാനിക്കില്ല പുറമേ നോക്കിയല്ല അപ്പൊ മുമ്പത്തിലായ കമ്മും പോയി ഇവിടെ നമുക്ക് കനീരന്നെ ഡായ്മൾ കുതിരത്ത് നശമാകില്ല മുബാല ഡവാമോ മൊബാലകൊടുത്തത് കൊടുത്താൽ കുടുങ്ങും പുത്രത്തിലായ കമ്മൊന്നെക്കും അപ്പൊ ഞാൻ തെളിവിയിൽ കൊടുക്കണം അതായത് കുതിരത്തിനല്ല കത്തുറത്ത് കുതിരത്തിന്റെ മുട്ടാലു കാത്തിന് കത്തുറത്ത് മുതലത്തിന്റെ താലൂക്കുള്ള സിബത്താണ് കുതിരത്ത് എത്ര സിംബത്ത് ഞാൻ താലൂക്കുണ്ട് എത്ര തിന് താലൂക്കില്ലാട്ടെ പന്ത്യ ഓക്കേ ും ഇറാദിനും താല്ണ്ട് എന്തിനോട് മുത്തിനോട് താലുക്ക് തീർ പുതിരത്തിന് ഇറാദത്തിന് താലുക്ക് തഹീസാണ് രണ്ടിനോട് താലൂക്ക് ഏതാണ് മുത്താലു മുമിനാത്താണ് ഒന്നിനെ താലുക്ക് തഹിസീറാണ് മറ്റൊന്നിനോ താലുക്ക് തഹസീസു ആണ് ഇൽമിന് എല്ലാ മാഹ്യത്തിനോടും താലുക്ക് ഉണ്ട് ടാൽ ലുക്ക് ഇംഗ്ലീഷാണ് അതേ താലുക്ക് തന്നെ കലാമിനോണ്ട് പക്ഷെ താലുക്ക് ബയാനിന് മാത്രം വേറെ വിശദീകരിച്ചു കൊടുക്കലാന്നല്ലോ അത് വാചകത്തിനുണ്ടോ മുൻകിനാകത്തിലാണോ പിന്നെ സംബം ബസ് നോടും എല്ലാ മോജൂദത്തിനോടും മുങ്കിനകത്ത് മാത്രമല്ല മോജൂദാത്താവണം എന്നാണ് മറ്റൊരു മോജുദാവണമെന്നില്ല മോജൂദും മുൻകിനുള്ള എല്ലാ മോജൂദും മുൻകിനാണ് മുൻകിനല്ല മോജൂദായിക്കൊള്ളണമെന്നല്ലോക്കും മുത്തലക്ക ആ അങ്ങനെ അത്ര ബുക്കിന് ബുക്കല്ല മോജോദി മുൻകിന് മുൻകിന് ഇൻകാൻ വിശേഷല്ലേ മോജൂദുണ്ടാവില്ല അസത്ത ദിവസത്തല്ലേ മുൻകിനായതൊന്നുകൊണ്ടൊജൂതയ്ക്ക് ഒന്നുണ്ടെങ്കിൽ ആ കടക്ക ക ഏതാമിൽ കിടക്കാലോ അപ്പൊ മൊജൂദാണെന്ന ആറുണ്ട് അതായത് മൊത്തക്കാബിലത്തായ ആറെന്ന ആദ്യം വേണമോ അതിമോ വേണമോ തീരുമാനിക്കാം അതിമിന്റെ അടിയിൽ ഒന്ന് ഇനി അതുമാണ് കടക്കട്ടെ ഒന്നും പറഞ്ഞ പുജൂരാണെങ്കിൽ ദമാനം കൊണ്ട് മക്കാരം കൊണ്ട് സിഫത്ത് കൊണ്ട് മിക്കുന്നാറ് കൊണ്ട് അപ്പൊ ഈ നാലും മറ്റു രാത്രി അത്താപ്പിലും കൂടെ കൂട്ടിയാറൊന്നല്ല ഇന്ന പൊക്കത്തില് ഇന്ന സമയത്ത് ആ പൊക്കത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന സിഫത്തിൽ ഇത്ര അളവിൽ ഇത്ര തൂക്കത്തിൽ ഇന്ന് സിഫാസിൽ ഇങ്ങനെ മിക്കത്താറാക്കാത്തരാണ് തത്തീസിന്റെ ഉചിതുകൾ പിന്നെ അയാത്തിന് ഒരു നിരക്കും താഴെപ്പില്ല അതെല്ലാത്തിനും രാജാവാദി ചെറുത്ത് ബാക്കി സിഫാത്തല്ല സരിയാവണമെങ്കിൽ അയാത്ത് കൂടി കൊടുക്കണം അയാത്തില്ലാതെ ആരാവൂല സമി ആവൂല അയാത്തില്ലാതെ ബസീൽ ആവൂല അയാത്തില്ലാതെ മുരീദാവൂല അയാത്തില്ലാതെ ബാദറും ആവൂല മുത്ത കല്ലിമു ആവൂല അപ്പൊ അയാതെല്ലാത്തിന് ചെറുത്ത് ഗുരുദ് എല്ലാത്തിനും കൂടി അങ്ങനെ നിൽക്കട്ടെ ഗുരുദ് എന്തിന്റെയാണ് ഗുരുദിനെയും ഗുരുദിനിന്റെഫത്തല്ല രാജ്യം കുജുരന്റെ രാജീകം എന്താണ് അതിന് എന്താൽ കത്തിൽ കുതിരത്തി മുബാനാക്ക മറ്റൊരു ദിവസം കൊടുത്തു കുതിരത്ത് കത്തിതായിരുന്നു അപ്പം കുടുങ്ങിയില്ലേ മായന ഒരു മായന കൊടുത്തു അല്ലെ കുതിരത്തിന്റെ താലൂക്കാത്തിനുദാർന്ന് പറയുന്നത് കുതിരത്തന്റെ മാതേജു അടക്കുമ്പോ ഇന്നി കഴിയോ ഇന്നി കഴിയോ ഇന്നി കഴിയ താങ്കളുടെ ഇതുവരെ അധികാര അധികാര അവസ്ഥ ഉണ്ട് ഫയക്കോസി ഗതവ മബലഗതി അപ്പോൾ ദൈവം മബലഗന സിഗയ ഐന്നോ അല്ലേ ഇങ്ങന ആ അഹമ്മദു അഹമ്മദു മുപ്രതി ഐ ബയത് പറവഎന്ന മുഹമ്മദി എന്നാണ് ഉപ്പാ പാണ്ടവകളുടെ മത്ര അഹമ്മദായ ഐ എന്നുള്ളത് ഹർഫ് തഫ്സീലിന്റെയും ബയാനിന്റെയും ഹർഫാണേത് ഐന്നുള്ളത് ആയിക്ക ബാൻ തഫീൽ കൊടുക്കുന്ന റാജിക്ക് ആഗ്രഹിക്കുന്ന ആള് എന്നൊരു തുല്യല്ലേ അതിനാ തഴിഞ്ഞാ കാണല്ലോ അപ്പൊ പമാ ഐക്ക് ശേഷം ഏതാണ് അഹമ്മദു എന്നല്ലേ അത് അതുഫ ബയാനാണ് എന്നാ പറയു വന്ന് ബിനാന വഖീല അന്ദ അതഫു നസ്ഖാന അതെ ഹറാമി ചെറിയ ഉചാസങ്ങൾ ഉണ്ടാവും ന ബിനാന ലന അമിൻ റൂഫിൽ ലതഫി യാതെ ഐന ലദു അതഫിന റഫിൽ ഫതാന എന്ന് വെക്കും വന അതഫു നസ്ഖു അഖ ഫതലൈ ഫഹ ഖൗദ ഖൗല ദായി അതബ അതുവയാന കന നല്ലദു അൽ മഷൂറ റന്ന അൽദി ഇസ്തഹറ ഒരു സുറത്ത് ആയിട്ടുണ്ട് ബി ലബിഹിപ്പാപ്പാണ് അതായത് ദർദിയർ ഉപ്പാ പാര മറ്റൊരു അഹമ്മദ് അഹമ്മദ് ബിന് മുഹമ്മദ് ബിൻ അഹമ്മദ് ഓർക്കി എന്നുള്ള ശരിക്കും പേര് ആ ഉപ്പാപ്പാൻ ഷാഫിമാമ് വിളിക്കുമ്പോഴേപ്പാഫിമാമെന്ന് ബിഡിപ്പാപ്പാന്റെ പേരില്ലേ നസ്ബനക്കല്ലേ വരുന്നത് രണ്ട് ദാലിന്റെ രണ്ട് റാവും സാക് സുഖൂനാക്കി കണ്ട അങ്ങനെ ഉപ്പാപ്പയാണ് ഈ മഷുബൂർ അങ്ങനെന്താ ഇസ്റ്റാറാദു ആ ഉപ്പാപ്പാന്റെ അൽജദ് ഉപ്പാപ്പാന്റെ ആ ഉപ്പാപ്പാന്റെ മക്കള് കംപ്ലീറ്റ് ഞാൻ എല്ലാം പോകണ്ട മഷുഹൂറായി അപ്പൊ അവർക്കും പറയാലോക്കും പറയാലോച്ചിറോ അതാണ് ബാലാനോ ബാനസഹ താജ് എല്ലാം കുറെ കവിരല്ലേത് ചില ആൾ വാറാളെ വിളിച്ചിട്ട് വെക്കിട്ട പേരാക്കി വിളിച്ചിട്ട് ചോറ് ഉണ്ടാക്കിണ്ടല്ലോ ആ കേൾക്കത്തിൽ ഉണ്ടാവില്ല ചെറിയ പേരിലുണ്ടല്ലോ അങ്ങനെ ചില ഒന്നുമില്ലാത്ത പേരിൽ വിളിച്ചു പേരാക്കുണ്ട് അത് രണ്ടിന് വിശ്വാസമുണ്ട് അജ് ചെയ്താജിക്ക് ശൈഹളൊന്നെ കോലി ക്കണല്ലേ ആ വസ്ഫുളളൂ റാജിയാണ് കോർമത്താണ് അതിന് പറയുന്നത് ഇലാഫത്ത് മുത്താ ഇനത്തന്നെ ഇലാഫ തന്നെ ചെയ്തോളൊന്നുമില്ല ഒരു കൊടുക്കൂല്ലെന്നാണ് ഇന്നുകൊണ്ട് കേറി പറഞ്ഞ ബൈസ് കൊടുക്കോന്നല്ലേ ബാച്ചു തൻവീനു റാജി റാജിനെന്താക്ക തൻവീം കൊടുക്കാം എന്തിന്റെ ഇവറിന്റെ തന്മയിൽ നിന്നാ പറയാം ആഹ് മൊത്തമില്ല ഇപ്പം അച്ഛനം കളയാ കൊടുക്കുൽ ജവാരിൻ ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കൂ കത്തർ തന്നി ഇവർ നിന്ന അന്യം കൊടുക്കില്ലേ അങ്ങനെ അന്യം കൊടുക്കാൻ ഞാൻ അറിയാം തന്നെ കൊടുത്തിട്ട് വളസു റഹ്മെസ്മു കൊടുക്കുന്നാലും കയ്യിൽ വധനു വധനെ വലപ്പിലല്ലാജിൻ അപ്പൊ കാവ്യനായ ആക്കു വളരണ്ടായി തൻവിന്റെ നൂല് വന്നു മതിയായ ആക്ക് പകരാം തൻവിന്റെ നൂല് വന്നു വള ആറ്റ കൈ വധുനു വള ആർത്ഥത്തിന് കുഴപ്പമില്ല وازن القرار والذي دون ذلك ايضافتن ആയിക്കോന്നൊന്നില്ലാണ് ഉബ്ര പറയുന്നു ഇനി അൽ മുഅമ്മിലോന്ന തഫ്സീറുൽ റാജി റാജിക തഫ്സീറാന്നോ ബൈലി അന്നർ റജാഉന്നല്ലതു ഹുവൽ അമലു ആഗ്രഹത്തിനവയ പക്ഷേ ആ ആഗ്രഹം എങ്ങനെ ആയിക്കണോ જા ആഗ്രഹമെങ്കിൽ മഅ ലഖ്ഫി ഫിൽ അസ്ബാബ് അത് നിർവഹിക്കപടാനുള്ള അസ്ബാബുകളേ ഇനി ആയി ശീകരിക്കുന്ന ആളാണ് രഹവം വന്നു ശിശ കിട്ടണേ എന്ന് റജാവെന്ന് പറഞ്ഞാൽ അതിന് അസ്വാബ് എന്താണ് ഡോക്ടറെ കാണാൻ പോണം മരന്ത കുടിക്കണം പത്തി ആചരിക്കണം ഇതെല്ലാം അസ്വാദുകൾ എന്നിട്ട് പച്ചനെ രോഗം മാറ്റണേ എന്നുള്ളത് റജാവായി അസ്ബാബുകൾ സ്വീകരിക്കാത്തതിനെന്താ പറയല് തണലീൻ കൃഷി ചെയ്തിട്ട് പത്ത് പട കൊയ്യാന്ന് വാശിച്ചാൽ എന്ത് പറയാം രചാരുന്ന് പറയാം ിൽ റഹ്മി റഹ്മിന്റെ വന്നിട്ടുണ്ട് റഹ്മത്തിൻ നേരെ തിക്കത്തുൽക്കൺപാണ് അത് ആദ്യത്തിന്റെ വസ്ഫായി പോയി അഹ് താരാഖ് യോജിക്കാതെ വന്നപ്പോൾ അതിന് ലാദിമായ വസ്ഫാൻ നമ്പെടുത്തത് ലാദ്യമായ പന്താത്ത സിഫത്ത് ഫേലാത്ത സിഫത്ത്ക്കാലത്തേക്കാണ് സിഫത്ത് ഫേലീകമാക്ക തബ്ദമാ ഒന്നു വയസ്സിപ്പർ സിഫത്ത് ഷെയിലേക്കാണ് പണ്ട പോയത് അപ്പൊ മൂപ്പറിനെ വന്നുല്ലോ ഏത് സിഫത്ത് നാപ്പുവാക്കാന്ന് നമുക്ക് നോക്കിയാ ഇവിടെ ചർക്കാടില്ല നേരെ മറ്റു മുസ്തക്കവർ വാർത്തിക്കാന്ന് പണ്ടത് തരത്തിൽ നിങ്ങൾക്ക് നാത്താക്കാൻ പാടില്ലെന്നു ആ പന്തിയോട് ഇവിടെ ഇല്ല അപ്പൊ വയസ്സ് ഹയ്യൂറാത മിന്നുന ഇവിടെന്താക്കാം غنا ناريمورا الا صورتين بتيكون الا راده صفات ان انامي ايلان اراده ان اناماك ابو اورديك مرجو صفات الذات ليك مريو ايه ابو لانه يلزم من اراده لن انام اراده لن انام لازما غصوره اد حاصله ولازما لو ഇറാത്ത് എന്താ ഉസൂലുണ്ടാവില്ല അപ്പൊ നമുക്ക് വേണ്ട വക്കല് മാത്രമല്ല കിട്ടില്ലാസിറ്റി വരുമല്ലോ അപ്പൊ മത്സൂമ് ലാദ്യം മുറാതാക്കാമല്ലോ നമുക്ക് വേണ്ടത് എന്താന്ന് അന്നാമിന്റെ ഇറാദ ഇന്നാമിന്റെ ഇറാദത്താ നമുക്ക് കിട്ടേണ്ടത് ഇന്നാളാ കിട്ടേണ്ടത് കിട്ടേണ്ടുദ്ദേശം കൊണ്ട് നമുക്കറിയാം പക്ഷെ മുറാ ഇറാദത്തിന്റെ ലാജിമാൽസൂമ പറഞ്ഞിട്ടുണ്ടാക്കാൻ ആദ്യം മുറാതാക്കുന്നതിന് കുഴപ്പമില്ല മജാത ഉടുത്തലാകുന്നേരും അങ്ങനെയാക്കുന്നതിന് കുഴപ്പമില്ല കാരണം അവൻ വേണ്ടുവെച്ച് അന്നോ എന്തിനാണ് ആ ഇറാറത്ത് ഉണ്ടായാൽ ആ ലുസോമന് ഇല്ലത്താം എന്നാ പിന്നെ മുസല്ലിഖ് ഹാസിനെ പറഞ്ഞൂടെ അത് പോലെ മുളാബ് സങ്കല്പിക്കേണ്ടി വരുമല്ലോ അത് മാനൽ അബ്ബല ഷെയ്ഖ് റബി അള്ളാൻ ഒന്നാമത്തെ ആനെ മുക്താറാക്കിയത് കാണാനുണ്ട് എന്നോ അത് കൂടുതൽ മുക്തത്തൊറാവണ്ട് നേരെ കാര്യത്തിലാക്കിയല്ല മറ്റേ മനസ്സൂമോ പറഞ്ഞിട്ട് ലാജിമൊറാദാക്കടി എന്നിട്ട് ഇറാകത്ത് നിന്ന് മുറോകനെ സങ്കല്പിക്കണോ ബന്ധം പണ്ട ഇന്നിട്ടേണ്ട കിട്ടണ്ടത് നേരം പറഞ്ഞു എഫ്ലാലും മാനേ എത്തിച്ചാറുണ്ടെന്നല്ലോ എന്ന മൂബർ ഒന്നാമത്തെ മാന തെൽവിൽ എടുക്കാനുള്ള ന്യായവും പറഞ്ഞു നല്ല ഏ ഇമാമേഖ നമ്മൾ ഒത്തു നീങ്ങുന്നുമുണ്ട് സ്ഥല തന്നെയാണല്ലേ കുതുറത്ത് എന്നുള്ളതല്ലോ പറഞ്ഞില്ലേ പൽ കബീറോന്നുള്ളത് പിന്നെ അസ്മാന അമ്മാൻ അസ്മയിൽ പെട്ടത് തന്നെയാണ് അസ്മാലാക്ക കബീർ ഉണ്ടല്ലും കാതിരും മുഖ്യ കുതറത്തിന്റെ തന്നെ പരമാവധി ഉണ്ടല്ലോ ല്ലേ ഓ മയനാവു അതിന്റെ അർത്ഥം എന്നാണ് അപ്പൊ ആ ദിഫത്ത് വധുനിൽ നിന്ന് കാതിര അപ്പം അമ്മാവത്തരാക്ക് ഇപ്പത്ര പേരായി കുതിരത്തിൽ നിന്ന് മാത്രം പഠിച്ചിട്ട് കാതിര് കതിര്ത്തതിരുമൂന്നോ തിര് എന്ന് പറഞ്ഞ കഴിവുള്ള കുതിരത്തൊടിയവൻ അപ്പൊ എന്താ കുതിരത്തിൽ നിന്നുള്ള നേരെ ആഡ് മാനവീയധിപത്യല്ലേ അതെടുത്ത് അതിൽ കതിരക്കുമ്പോ നവാബുൽ കുതിരത്ത് കുടിച്ചു മുബാലക മുക്കുത്തതിര് പിടിച്ചാലോ കത്തറത്തുൽ കുതിരത്തായി അതായത് കുതിരത്തിന്റെ താലൂക്കത് വർദ്ധിച്ചു നിന്നു അപ്പൊ കുതിരത്തിന്റെ എല്ലാ ഇനങ്ങളുമായി എല്ലാ എല്ലാ അപ്പൊ ഒരേ മാന്തെ കൂടുതൽ അസുമാർക്കുന്നതിന് കല്യാണതാകും എന്ന മുന് ശ അങ്ങനെന്താക്കിയ ആ കഥയിലൽ കുതിരത്ത് തേവിൽ കൊടുത്തല്ലോ അതെന്താണെന്നുവെച്ചാൽ അതുകൊണ്ട് റദ്ദു ചെയ്തതാണ് എത്ര എന്താ മിൻ അന്നൽ കുതിരത്ത വായിരത്തുല്ല താതുദിയ കുതിരത്തുണ്ടാകാൻ പാടുള്ളൂ താതു വന്നാൽ എന്താകും സിഫാസിലല്ല മൊത്തത്തിലായ കമ്മൊന്നേക്കുമല്ലോ എന്നല്ലേ അതിനാണ് وقال الله, الله هو اين الله اكبر ولياقه ان كثرت مصنف رضي الله عنه الشيخ عليه الله انما استصلاح شيخي امام شيخ رحمه الله عنه كتبتهنا برयोघचदे मेतिबार इक्तदार इक्तदार नेतिबारल कोडियानंदा इक्तदार وما متعلق القدره بالسائر الممكنات لا ممكناتون ساعدنا جميعا انا كان هيك वक्तين لنا ജമീറൽ മുഖിനാത്തിനോട് കൊടിറത്തിന്റെ ആമായ താലൂക്കാണ് ഇത് എക്തിദാർ എന്ന് പറഞ്ഞത് അന്നലൊക്കെ നോക്കുമ്പോൾ എന്നുണ്ട് കത്തിടത്തുണ്ട് എഹയ്യാർ ഉണ്ട് ഇമാമത്ത് ഉണ്ട് ഇമാമത്ത് ഇമാതത്തുണ്ട് തൊലുചിന്നലെ ഭിന്നി ഉണ്ട് തൊലി ജിന്നാറ ഭിന്നേലിയുണ്ട് തൊഹൽജില്ലയ്യ മിനൽ മയ്യത്തിന്റെ തൊഹൽജൽ മയ്യത്തെ മിനൽ നയ്യുണ്ട് പഴയ ഉണ്ടല്ലോ അന്നലക്കാണിപ്പോഴത്തെ കത്തിടത്തൊന്ന് പ്രയോഗിച്ചത് മൂപ്പുർ പറഞ്ഞു മൂപ്പുറന്നോട് വെളിവാക്കി തന്നു ഇതാണ് احمد احمد ابا صيغه مبالغه على اعتبار تعلقات اعتبار الكودين ثم احمده ان له اسم الشيخ شيخ رضي الله عنه اسمه احمد قوله ابن محمد ان له محمد ان له اسم ابيه وان له مناقب وغيرها قال الشيخ هذا الشيخ هو المصنف പറയുന്നു അക്രബുൽ ഇമാമി മാലിക് മാലിക് ഇമാമിന്റെ മഹബാണ് മഹബി ഭരിക്കുന്ന ഒരു കിതാബാണ് അക്റബുൽ വേറെ ചെറുഹ് ഉണ്ട് ഇതിനെല്ലാം അല്ലോ മാലിക് മഹബിലി നമ്മളെ ഷാഫി മദാബി നബിമാമെന്ന് പറയുമ്പോൾ അറിയപ്പെട്ട ഫീഹൻ്റെ എത്ര ഭാഗം നല്ലോണം മുത്തപ്പഞ്ഞിനു വന്നു എല്ലാവരും ഒരാള് ഓർ പറയുന്നുണ്ട് എന്റെ ഉപ്പയായിരുന്നു അലി മുഹമ്മദ് എന്നോട് റജുലൻ സാലി അയ റജുലാണ് ആലിമായ റജിലാണ് മുത്തക്കിനല്ലിൽ ആൻ നന്നായിട്ട് ഓറാനും ഓടിക്കൊടുക്കാനൊക്കെ എല്ലാ തഹത്തിലേക്കുള്ള ആളായിരുന്നു ി ആഹരി വയറ്റുകാലത്ത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു പണി മുറക്കിയിട്ടില്ല അങ്ങനെ പശ്ചാത്തലി തലീമില്ലാത്ത പാലി കിട്ടാമെന്നായിട്ട് കുട്ടികൾക്ക് അമ്മാനെ കുർആാൻ പഠിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ ജീവിതകാലം മുഴുവനും കൈ ചൂട്ടിയത് കണ്ണാത്ത കാലത്തും എന്താ കാര്യം അൽ കുർആാൻ അലായുങ്ക കയ്യാതെ ധാരാളം ആളുകൾ ഖുർആാൻ നല്ല പാടമാക്കിയിട്ടുണ്ട് വകാന യുഅല്ലമുൽ ഫുഖറാ ഹസ്ബതൻ ലില്ലാഹി തആല ഖുറയ ഫഖീറ മക്ക് വൽജിത ലോന പരിപിച്ചുകൊടുക്കും അല്ലാഹു കം തആല എന്നുകൂടി ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മളൊന്നും ആവൂല നമ്മൾ ആവില്ലന്നോ അതോ അങ്ങോട്ട് ചെറും ചിലവെല്ലാം കൊടുക്കൂ എന്ന് അറിയാടാ ഹസ്ബത ലില്ലാഹി ഇന്നാ മാലിയ ലാ യഖ്റുമിൻ സറഫതൻ നാളിയത്തിന്റെ ചിലർക്കാ പറയ സറഫതൻ നഖ്റുദീനാ നഖ്റു എന്ന് പറയും ഓരോരേ കോയിൻസ് ഉണ്ടാവല്ലോ മിസ്രല്ലേ അതിന്റെ ചിലർക്കൊണ്ടോറിയം ആ തറുപ്പത്ത് പോലെ മൂപ്പറ വാങ്ങാറില്ല വന കയറ അതല്ലാത്ത വേറെ സാധനം അത് ആ പൈസ വാങ്ങണ്ടാപ്പ മൂടേരി വാങ്ങിയാൽ മതി അതല്ല അതും വാങ്ങൂല അതല്ലാതെ പൈസ വാങ്ങൂല ശരി മൂടേരി വാങ്ങിക്കൂട്ടു പിന്നെ കുഴച്ചെന്തേക്കും അതുമില്ല ബാൽ എന്ന് മാത്രമല്ല ഉബമാ വാർത്താ മിന്നി മൂപ്പറ സ്വന്തം കീശയും നേരത്തെ തോർക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു മാത്രമല്ല വക്കാന കൂട്ടി ബാഫയായിരുന്നു സുഹൂത്ത് വർദ്ധിപ്പിച്ചവരായിരുന്നു ലാ യല്ലോ ഇല്ലാ നാതിരൻ വളരെ കുറച്ചല്ലാതെ സംസാരിക്കാറില്ലാ വന്വിന്റെ ഉപ്പാന്റെ വെറുതെ അത് അറിയില്ല പക്ഷെ മുത്താക്കരികൾക്ക് വെല്ലാ ഉണ്ടാവില്ല പതിവ് ചെറുതും വെല്ലുണ്ടല്ല മുത്താക്കരാ വെല്ലുണ്ടാവുന്ന പതി പാതിമാവിന് ശേഷം അല്ലേ സ്വാധീനത്തിന് മുത്താക്കരിങ്ങള് അവൽ മേശം ബിൽഡാവതി ഇനി ചെറുതോടെ മയുന്ന മുപ്പത് പറഞ്ഞിട്ടുണ്ട് അബ്ദുൾ പക്ഷേ മുട്ടാക്കരികൾ പിടിച്ചത് ഇതാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്നാൽ തന്നെ ആ ഇറങ്ങുന്ന ഒന്ന് മതിയാക്കിയാണ് മതീശൊന്നു മതിയാക്കിയതല്ലേ അപ്പൊ തലയാക്കൂത്തിയിൽ എടുക്കുന്നത് ആയതിനെ ചോദിച്ചിട്ട് കഴിയില്ല ചെയ്തു വന്നത് അങ്ങനെയാണ് അപ്പൊ തന്നെ വലിയ ശേഷിന്റെ തന്നെയാണ് അതിന് അഗ്സനാന്ന് ഷെയ്ബുല്ലാദമിന്റെ ശേഷാന്നെ യാക്കൂട്ടിയോ സ്വാതിമാമിന്റെ പക്ഷെ നമ്മറിൽ മതിയാക്കുന്ന ഏതാന്ന് എന്നാ മതിയാക്കാൻ വേണ്ടത് മറ്റേതല്ലോ ഞാൻ എത്ര പറഞ്ഞല്ല എല്ലാം ചോദ്യം ശരിയാണ് കണ്ടട അങ്ങനെയൊക്കെ എന്നിട്ടേ ബാപ്പ എന്നോട് സന്തോഷ വാർത്ത പറയും ഞാൻ ഒരു ആര്യമാകണോ അതോട് മുപ്പറ മകനല്ലേ അഹമ്മദ് മോനെ ഒരാദ്യമായി കാണണോന്നിങ്ങനെ തർശീദ് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പറയുമ്പോൾ തന്നെ ما رحمه الله هو ولد بابا بابا كان شهيدا شهيدايتان تاون ما ذي شهيداي يكون انا فاتيد هو سنه 38 و 30 بعد ال 2000 ق 138 104 لاغ السيد مولى البخاري رضي الله عنه جنكم ആയിരത്തി എറുന്നൂറ്റി ഏഴ് എനിക്ക് എത്ര വായിച്ചുണ്ടോ അസരത്തിന് എനിക്ക് ഏതാണ്ട് പത്ത് വായ്പ ഉണ്ട് ആ പത്ത് വായ്പ വന്നാൽ രാജീഷിക്കുന്നു അപ്പൊ ഇത് ബാപ്പാക്ക് ധാരാളം കറാമത്തുകൾ കാണപ്പെട്ടിട്ടുണ്ട് ഇൻതഹ എവിടെ إذا كتابه أقرب للمطارق عند شرحي الفرنة ترونه وحينا إليه تبرنا نقوله إمان نقوله آه وصلت الفجر قضم إنه إيه تاريخ اللي نبدك عن كنتم أن الشيخ نمونا الشيخ ورد سنة ثماني بايشرين بعد الميتي والألخ آئلتي ورنوتي روكرتل عن جاني سنة ورنوتي وقالت وفاته الشيخ اللي وفانت آئلن وفانا فاته ورنه الشيخ <سؤال> النهو فاطع يظنه ليلة الجمعة واللي عيش العاب لثماني اقتني خلاول من ربيع اللب ولي ماسم اتقرني بابراد عابل ليلة جمعة عباب لا سنة مئتين وبعد الالف آيلتي يظنوتي قلنا فتنه ربي الله أنثلاث وسبعون آيه ربط يمونه وعي سلو ും അറിയാത് മഷന്ദരി ആണ് മപ്പറം അള ചെയ്യപ്പെട്ടിട്ടുള്ളത് ഉറക്കു പ്രത്യേകതല്ലായിരിക്കും അവിടെ അങ്ങനല്ലേ മസൂർന്നല്ലോ പറയുന്നു ആ മക്കാമിന്റെ വീര് നമ്മൾ പറയുമ്പോഴത്തേക്ക് കയറിപ്പാ കക്കളെ തന്നെ വേറൊരു ഫോൺ കഴിക്കുന്നു അല്ലേ മിസ്സിന്റെ പാ കഴിക്കാൻ പതിവിടെയുള്ള ജീവിതകാലത്തും ശേഷവും സൂര്യനേക്കാൾ നട്ടുച്ച വെയിലത്ത് സൂര്യനെ ഗോവ കേൾക്കണ്ടല്ല ആയിരക്കാണ് വാഹിരാണെന്ന് അതുകൊണ്ട് പറഞ്ഞ മുപ്പത് ചരിത്രം പുറകെ കിതാബിന് ഇണ്ടാക്കിന്നല്ലോ കവിമം നമുക്ക് അറുപത് ഇല്ലാണ്ട് ഏറ്റവും വലിയ നാമത്തോളം കിട്ടിയത് അത് എനിക്ക് മിസ്സുകൾ വരാൻ നോക്കേണ്ടി വരും അല്ല എന്നാ ഇന്നലപ്പം നാളെ കുറവാരങ്ങൾ വേണ്ടി വാക്കോരു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഗമാക്കോരല്ല പറഞ്ഞ വാക്ക് തന്നെ മുപ്പറല്ല ചേച്ചയ്ക്ക് കിട്ടിയത് ഞമ്മളായല്ല